അവസ്ഥാമെന്താ കോരല്പം കൊണ്ട് തോന്നി കുറച്ചു പിന്നീട് വരൂ ഇതല്ല ഇതിങ്ങനെ അതില് നിറഞ്ഞിരിക്കും അവരെ കൊണ്ട് ഈ തങ്കീൻ ഉയരുകയാണ് കോരി കുട്ടി ഈ തങ്കീനെന്താ കൊണ്ട് കേറുന്നവിടത്തേക്ക് മറക്കൽ മുഖീം കശു നൽകപ്പെടുന്നവർക്ക് എന്താ പറയുക മുക്കാശപ്പ് കശു നൽകപ്പെടുന്നവർക്കല്ല മുക്കാശു എന്ന് പറയുന്നു അതിന് ജമ്മാണ് മുഖാ ഷഫീന അപ്പൊ മുക്കാ ഷഫീനയുടെ മർക്കയിലേക്ക് എന്താക്കും ഇവരെങ്ങനെ ഈ സംശയം ഇങ്ങനെ കേറ്റിക്കൊണ്ടുപോവുകയാണ് ആ അതാ കൊടുത്തു അന്നതവാമ സൈര് എന്താ അവർ അറിഞ്ഞിട്ടുണ്ട് അന്നദവാമൈർ സൈരണ്ട സേറന്നെ ഇങ്ങനെ യാത്ര തുടരലാണ് സാധാരണ വരെ ചെയ്ത് ഓരോന്നോടിയന്നെ ഈ ഓട്ടത്തെ ആ കാല് തടി കൊണ്ടുള്ള ബസ് കറിച്ചുള്ള ഓട്ടമല്ല കല്മുകൊണ്ടുള്ള ഓട്ടം ഒരു പദവി മറ്റൊരു പദവിയിലേക്ക് ഒരു പദവിനെ മറ്റൊരു പദവിയിലേക്ക് ഇങ്ങനെ പോക്ക് ചെയ്തു സേർന്ന് പറഞ്ഞാൽ തന്നെ എന്താ ഇബാറത്തെന്താ വജ്ജിഫു കൽബി റബി സുബാന തവജ്ജുഹുൽ ഖൽബി ഈ സഹർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇബാറതുൽ അൻ തവജ്ജുഹുൽ ഖൽബി ഹൃദയത്തെ തവജ്ജു ചെയ്യുന്ന ഭൂയേദ ഫോക്കസ് ചെയ്യുന്ന ഭൂയേന്ന് ഇordinate ക നഹർ റബ്ബി റബ്ബിനെ കൊണ്ടെ ഹ് ഈ സഹർ എന്ന് പറഞ്ഞാൽ അനിൽ ബാക്കി നഹർ റബ്ബി മാ മുഖാലഫത്തിന്നഫ്സി ഫുബ്ബിസ്സഹബാത്ത് മാ മുഖാലഫത്തിന്നഫ്സി ഫുബ്ബിസ്സഹബാത്ത് നഫ്സു റാഗ്രേക്കി ന برضو ഉണ്ടാവും അതെയൊക്കെ മുഖാല പ്രകൃതി കൊണ്ട് അല്ലെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ വെള്ളത്തിന് നീക്കിക്കളയില്ലേ എന്നിട്ടല്ലേ തുണിങ്ങി നീങ്ങുന്നു ഇതേമാര് കൽബില് വരുന്ന ഇങ്ങനെ കൽബിങ്ങനെ പോക്കാന്ന് ഉദ്ദേശിക്കുന്നു അതിന് ഈ സാറല്ലഹു മഹബത്തും ഈ സഹു അസിവാഹുവും അള്ളാഹുവിനോട് മഹബത്ത് വെച്ചുകൊണ്ടും അവന്റെ പൊരുത്തങ്ങൾ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹു അല്ലാത്ത മറ്റെല്ലാത്തിനെയും അപഗണിച്ചവനായിക്കൊണ്ടും മൂന്ന് കൈല കൊടുത്തത് ഒന്ന് ഋഥിറാം അള്ളാസത്തെ അള്ളാഹിന്റെ ബുദ്ധത്തിന് വേണ്ടി ലക്ഷ്യം വെച്ചോണ്ടായിരിക്കണം മറ്റൊന്ന് അവനെ സ്നേഹിച്ചതിന് വേണ്ടി മോന്ന് അള്ളാഹു അല്ലാത്ത പേർ എന്ത് കിട്ടിയാലും എനിക്ക് വണ്ടാ പോയിക്കൊണ്ട കറാമത്തിന്റെ വണ്ടാരങ്ങൾ പിടിച്ചോന്ന് അതിനുവേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് മത്സ്യത കിട്ടണ്ടത് അവനെല്ലാത്തക്കും ഹിമത്ത് സാലിക്കുന്ന എല്ലാ മാആറാദത്തിൽ ഹിമ്മത്ത് സാലിക്കുന്ന എന്തക്കെ എന്റെ മാ കുനാ പോയിക്കൊണ്ടിരിക്കുമ്പോണ്ടാക്കും ഒരുപാട് മുക്കാശപ്പാത്തി വെതുണ്ടാവും അപ്പൊ അവിടെ നിന്ന് കുഴപ്പമുണ്ടാക്കും നീല ലക്ഷ്യല്ല മക്കത്തേക്ക് ലക്ഷ്യം വെച്ച് പോകുമ്പോൾ കോഴിക്കോട്ട് അങ്ങാടി കണ്ട് അവരുടെ സെർക്കസ് കാണുന്നു ഇവിടുന്ന് ഉണ്ടാവും പൊന്തളി കാണുന്നു അപ്പറുണ്ടാവ് ടി വി കാണുന്നു ബസ് നിർത്തിയിട്ട് കൊച്ചു നോക്കിയേക്കാന്ന് വെച്ചാൽ യാത്ര മുടങ്ങും അല്ലാതെ ഈ തത്ത് പോവാണോ നീലച്ചിന്റെ അച്ഛൻ ഇതൊന്നുമല്ല അതിനുമുമ്പിൽ വരാൻ പോകുന്നതിൽ എത്രയോ കിലോമീറ്റർ അകലെയാണ് പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ അവിടെ അതിലേക്ക് നോക്കുന്നില്ലല്ലിന്റെ പോക്കിന് എന്താ വേണ്ട അത് അസൈർ പ്രത്യേക അരിപ്പാന്നും ആ സൈറിന്റെ ദബാം എന്താക്കും കാത്താൻ തീർച്ചയായും എത്തലേക്ക് ചേർക്കും തീർച്ചയാണ് സൈനുണ്ടോ ലക്ഷത്തിലേക്ക് എത്തും കാര്യം തീർച്ചയാണ് അത് ഉള്ള സ്വന്താണ് നിങ്ങൾ ബസ്സിൽ കയറി യാത്ര ചെയ്തോ ലേക്കോടെ പോകേണ്ടി പോയിക്കോട്ടേക്കാണോ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യം തീർച്ചയാണ് അപ്പൊ അല്ലെ തൽവീനന്റെ ഹാലി ലാബുദ്ധ യൂസുല തൻ തംകീനിലേക്ക് ചേർക്കുക തന്നെ ചെയ്യും തൽവീൻ പറയുന്ന മാറി മാറിക്കൊണ്ടിരിക്കുന്നു ഡാവിലെ ഒരു ഹാലത്താണെങ്കിൽ ഉച്ചറഹ ഹാലത്ത് കൊച്ചും വേറൊരു ഹാലത്ത് ഈ മാറിക്കൊണ്ടു മാറിക്കൊണ്ടുക്കുന്നുണ്ട് തൽവീൻ അത് തുറക്ക കയർക്കാം തമകീൻ കാർക്കോ അതൊന്നും പോലെ അങ്ങോട്ട് ഒറച്ചുവെക്കുന്നുണ്ടാവും അതിന് മാറ്റം വരൂല അത് എന്ത് ചെയ്താക്കാൻ വിചാരിച്ചു നടക്കൂല അപ്പൊ തൽവീൻ എന്ന് പ്രാരംഭത്തിലുള്ളത് ആ ഈ തൽവീൻറെ ഹാലം തറക്കും തമകീനിലേക്ക് എത്തിക്കുന്ന കാര്യം ഒപ്പമാണ് അതെ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നാം ബെഞ്ചിലതിനെ പറ്റി വിശദീകരിക്കുന്നുണ്ട് മാറ്റങ്ങൾ ഒന്നോ എടുക്കും തമകീന്റെ അങ്ങനെയാർക്ക് മാറ്റം ഉണ്ടാവില്ല അവർച്ച ആ നിലപാട് തന്നെ ആ വൈകൂറ അങ്ങനെ തമകീന്റെ മക്കാമിലേക്ക് അവർ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവർ എത്തിച്ചേർന്നു ഇര മക്കാം എന്നൊരു പദവിയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്ങനത്തെ പദവി ലുദാദ് ആ മുഖംമൂടി എന്നങ്ങ് നീക്കി നീക്കിയാ തന്നെ യക്കീനാറാണെന്നുണ്ടാവില്ല അങ്ങ് തുറക്കണമെന്നില്ല തുറന്നായി തന്നെ മുഖം കൂടി നീക്കിയത് കൊണ്ടെന്നില്ല പ്രത്യേകിച്ചൊരു ഫലമൊന്നുമില്ല അത് തന്നെയാണ് എനിക്ക് നേതന്നെ മനസ്സിലായി അങ്ങനത്തെ ഒരു ഒരു അവസ്ഥ തരുന്ന ഈ മുഖം ഈത്താഴ് നീക്കുന്നതിന്റെ മുൻപ് കുറച്ച് കുറവും നീക്കിയതിനുശേഷം ഏറെന്നുണ്ടെങ്കിൽ ആദ്യം കുറഞ്ഞ അർത്ഥം തരുന്നു അതിന് കോടതി പറയണമെന്നില്ലാന്ന് കോടതി വിശദീകരിക്കുന്നു പണ്ട കാലിപ്പം തന്നെ അങ്ങ് തിരിഞ്ഞെന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടാവും ആ അതാണ് തന്നെ അപ്പം കസ്റ്ററിട്ട ഇന്ന മുൻപന്തില്ല പ്രത്യേക കുറവില്ല ആ രീതിയിലേക്കൊന്നും നമ്മിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇരുട്ടത്തിൽ പശുവിനെ കണ്ട് നേരം മൊത്തം നോക്കിയാൽ നേരത്തെ രാത്രി കണ്ടതേ പശുവിനെ എനിക്ക് ഞാൻ ഒരു അത്യത്തന്നെ രീതില്ലേ പറയുന്നുണ്ട് ഈ ഇട്ടാകുന്ന മുഖം കൂടി നീങ്ങിയത് അത് അതിനെ കൂട്ടി കൂടുതലൊന്നും അറിയാനൊന്നുമില്ല യക്കീനാൽ അവർ കയറാനൊന്നുമില്ല യക്കീൻ അത് തന്നെ കിട്ടിക്കഴിഞ്ഞാല് ഇത് നീക്കി എന്ന കാരണത്തിന് വേണ്ടി പ്രത്യേകം ഒന്നുമില്ല നേരത്തെ മുങ്കശിഫായിട്ടുണ്ട് പക്ഷെ ലാക്കിൻ മറാത്തിൽ കശ്മിന്റെ മർത്തബ കച്ച ഒരു സ്ഥലത്ത് നിന്ന് വറു നീക്കുമ്പോൾ കശ്മിന്റെ ഒരു മർത്തവയിലെത്തുമ്പോൾ ഇനിയും വറന്നിങ് നീക്കുമ്പോൾ കൂടുതൽ മർത്തബം കശ്മുണ്ടാകുന്നല്ലണ്ട് യക്കീൻ വർദ്ധിക്കുന്നു ഒരു സാധനം ഒരു പരീക്ഷണത്തിൽ കൂടെ തെളിഞ്ഞു നോക്കാം തെളിഞ്ഞു ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലക്ഷണങ്ങൾ കൊറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടെന്നാല് യക്കീൻ ഇല്ല കശ്പിങ്ങിനെ കൂടി വരാന്നല്ലാണ്ട് യക്കീം വർദ്ധിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടല്ലേ പറഞ്ഞിരുന്നു വലമ്മോക്കുന്ന അച്ചടി കൈപ്പ് അവിടെന്താ ഉള്ള നോക്കിട്ട് കൂടി നമുക്കിവിടെ തംകീന്റെ മക്കാമാരെയൊരു ചർച്ചാ വിഷയം അതിനെന്തല്ലേ നമുക്കിന്നുമറിയാം വലമ അലിമോ അവർ അറിഞ്ഞു തമകീന്റെ മക്കാമിനെ സംബന്ധിച്ചോ അറിഞ്ഞു അറിഞ്ഞപ്പോൾ അറിയുമോ അവർ അറിയുകയാണ് അന്നലഹും അവർക്കുണ്ട് മവാനി ആ ഒരുപാട് തടസ്സങ്ങളുണ്ട് അവർത്തേക്ക് എത്തിച്ചേരാൻ എങ്ങനത്തെ തടസ്സമാണ് തംനഹും ആ തടസ്സങ്ങൾ അവർ തടയുന്നുണ്ട് മിനൽ മുസൂൽ ഇനെയക്കാമൊത്തം കിയിലേക്ക് എത്തന്നത്തോട്ട് തടയുന്ന ഒരുപാട് തടസ്സങ്ങൾ അവിടെ ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ഇതെന്ത് വേണം ആ തടസ്സങ്ങൾ ദൂരീകരിച്ചിട്ട് വേണം പോകാൻ അത് മത്തിനിലേക്ക് അടക്കാനാവുമ്പോ നോക്കുന്നു അതാ കമാ റ ഇനൈ ദ അതിലേക്ക് മുസന്നിഖ് സൂചിപ്പിച്ചതാണ് സുമൂൻ സുമ്മാ റൌ അത് ധാലിക്കാന്നു വെച്ചൊക്കില്ല അർത്ഥം ഒന്നാണെങ്കിലും ആ രജതിന്റെ അച്ഛരൊക്കെ ആണെങ്കിലും ആ അച്ഛനും കൂടിപ്പോവും ചുമ്മാറ ഔ അതോ ബൈത്തൊക്കെ ആണെങ്കിൽ ദാളിക്കാന്ന് പറഞ്ഞാൽ വഴിത്തൊക്കൂല നോക്കതാ ഗണിയും അർത്ഥത്തിൽ ഒന്നുമില്ല അണിയോ കട ചുമ്മാറ ഔ അന്നൂനദിന്ന് ൗമ്മ അരിമോദടുത്ത മത്തനിലേക്ക് കടന്നു കാത് സുമറ ഔ പിന്നെ അവഞ്ഞു അപ്പൊ എന്താ അറിയുന്നത് തംകീന്ന ബക്കാവ് എന്ന് പറഞ്ഞൊരു ബക്കാവ് ഒരു പദവിയും ഉണ്ട് അതാണ് ഉന്നതമായ പദവി അതിലേക്ക് എത്താൻ കുറെ തടസ്സങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് എന്തോണം ഈ തടസ്സങ്ങൾ നീക്കൽ ഇടത്താതെ തിരിഞ്ഞു ഈ തടസ്സങ്ങൾ നീക്കാൻ എന്താ വീണ്ടും നമുക്കണ്ട് അപ്പൊ അറിയത്തറവാണോ ഇങ്ങനൊരു പദവിയുണ്ട് ഇങ്ങനെ കുറെ തടസ്സങ്ങളുണ്ട് ഈ തടസ്സങ്ങൾ ദൂരീകരിച്ചാൽ ഇടത്താം അതെങ്ങനെ ദൂരീകരിക്കാം നാലു മത കഷ്പ കശ്പൂടാനാ കണ്ണുനോക്കൂട് കണ്ണുനോക്കുന്നില്ല കശ്പൂ തന്നെ കശ്പൂന്ന് തോക്കപ്പെടുന്നു കശ്പൂ കിട്ടാവും ില്ല സുമ്മ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ല ഒരു സാധനത്തിൽ ഇരുമ്പോറും തോറനുപ്പിച്ചിട്ട് ഇങ്ങനെ കല്പന ഇംഗ്ലീഷിപ്പ് എന്തില്ല അത് തന്നെ ആ ഫീൽഡിലേക്ക് വിലക്കെട്ടോണ്ടിരിക്കുമ്പോ നോക്കിങ്ങനെ വരും ഇപ്പം തന്നെ മറാത്തിൽ കസ്റ്റിന്റെ അവർത്തവറ്റില്ല എത്ര കയറിയാലും ഈ നമ്മളിപ്പോ കക്കൂത്ത് വന്നിട്ട് നോക്കിങ്ങനെ അള്ളാഹും രാജാവിനും കുതിർത്തി കാണുമ്പോ അപ്പം പിന്നെ പറഞ്ഞതിന് അതിന് ആ നിലക്കുള്ള കീടാങ്കയില്ല അതിൽ തുടങ്ങി കയറണമെന്നുള്ള എങ്ങനെയൊക്കെയായിരുന്നു അതെയ്യപ്പൊ നിങ്ങൾ പോറഞ്ഞ വിശ്വതിരാലിന്റെ വിശ്വദാലി വലിയ നോക്കാമൊന്നുമില്ല തക്രീതിനേക്കാളും കുറച്ച് മെച്ചമെന്നല്ലാണ്ട് സുഹോദാനേക്കാളും വലിയ നോക്കാൻ വന്നതല്ലേ ഇത്പറും വിശുദ്ധരാലി കടപൂർഹം മാത്രം അപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്താക്കും കൗലിൽ നിന്ന് കൗനെ കണ്ടതിന് ശേഷം അപ്പുറത്തേക്ക് കടക്കുന്നുണ്ട് മാത്രം തുമ്മറാവോ പിന്നെ അവർ കാണുന്നു അൻതൂനതാക്ക ഈ മേൽ പറഞ്ഞപ്പെട്ട തമകീന്റെ മക്കാമുണ്ടല്ലോ അതിന്റെ കീ പോർട്ടുണ്ട് മാനി ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്നവർ കാണുന്നു തടസ്സങ്ങളിൽ ശരിയാണല്ലോ എങ്ങനത്തെ തടസ്സം കഫ്തരിൽ ദഫ്തർ എന്ന് പറഞ്ഞാൽ ഉറുക്കിനാ പറയരു എഴുതപ്പെട്ട ഒരു സാധനം എന്നിട്ട് എഴുതി ഇത് വേറൊരാളും വേണ്ടി എന്നൊക്കെ പൊയ്ഞ്ഞ് പേക്കാക്കിയിട്ട് സീൽ ഈ സൂപ്പർ വിത്തരണം ഈ കട്ടക്കുന്നതിൽ അരക്കല്ലിട്ട് ഉറപ്പിക്കുന്നില്ലേ പിള്ളേർ ഉത്തരക്കള്ള ആരും കാണണ്ടാക്കി സൂപ്പർ വിസ്റ്റൊക്കെ എന്നിട്ട് കുത്തലി ഞാൻ കൃത്യമാണ് കണ്ടിട്ട് കുത്തേണ്ട പോലെ നോക്കാൻ പോലോ ആ എഴുതിയിട്ട് ചീര എഴുതി നീ താഴെ അതിന്റെ മേലെ ചുറ്റപ്പെട്ട താപരി ചുറ്റപ്പെട്ട് അപ്പൊ ചീര ചുറ്റപ്പെട്ടീരെ പൊളിക്കാതെ കണ്ടുള്ള പോകുന്ന കീഴില്ല അപ്പൊ ചീര ചെയ്യപ്പെട്ട ഒരു ദഫ്തന്റെ മാതിരി തടസ്സങ്ങളാണുള്ളത് ചീര ചെയ്യപ്പെട്ടതാവിൽ പൊടി പൊളിക്കാൻ കഴിയില്ല അതെ ആ തരത്തിലുള്ള മാനിയകൾ എവിടെയുണ്ട് നമുക്ക് മക്കാമെത്തുന്നതിന് ഞമ്മക്കിടെ മുമ്പിൽ ഉണ്ട് എന്നാ വന്നു പിന്ന അപ്പൊ കഥസ്ഥരിന്നുക്ക് ഉറുക്കെന്താക്കഴുതി കള്ളാ കൊണ്ടൊട്ടിച്ച് അതിനുള്ള മെഴുതുണി പൊതിഞ്ഞ് പിന്നെ കൂട്ടിലാക്കി പിന്നെ അടച്ചു പങ്കാക്കിയിട്ട് ആർക്കും വായിക്കാൻ എന്താ കഴിയാൻ പറ്റില്ല പിന്നെ പുള്ളി എന്തെങ്കിലും മൊത്തം ഇടാൻ പാടില്ല നോക്കിയാൽ തന്നെ തിരിയാൻ പാടില്ല അങ്ങനെ കാക്കിതിൽ വെച്ചിട്ടുള്ളത് എങ്ങനത്തെ ദത്തർ നീ താഴെ അതിന്റെ മേലെ ചുറ്റപ്പെട്ടു ഒരു സീരി ചിറ്റ ആ ജാതി തടസ്സം ഇനി എന്തുവാ പൊളിക്കണം നീരെണ്ണ കംപ്ലീറ്റ് പൊളിച്ചിട്ട് അടത്തി കളഞ്ഞിട്ട് വേണം പുള്ളിയുടെ കത്തൻ പൽ കവുമോ നമ്മളെ ഹീന അലീമൂ ബീദാക ഫൽകൗമൂഹീന ആലീമൂ ബീദാലിക വമയ്സുൽ ഖത്ത അമൽ നശറാക കൗമീങ്ങള് ബാക്കി നമ്മളുടെ പ്രൗമ സൂഫിയത്ത് ഹീന അലീമൂ ബീദാക ഈ തടത്തങ്ങളെ സംബന്ധിച്ച് അവർ പറഞ്ഞു ഓ മയ്സൂ അവർ ഒരുക്കി നല്ല നീക്കി വെcontainsKey അൽ ഖത്ത എന്നുള്ള മുറിക്കുന്ന વાળുകൾ വൽ അസ്റാത് കത്ര കട ബേട്ടയാടാനുള്ള കോരെ വാലിയും ഈ തടസ്സം നീരിണ്ടപ്പോ അതിന് വേണ്ട നാലാത്തെല്ലാം വേണ്ടേ ഒക്കെ തയ്യാറാക്കി സെല്ലോ മിരൽ അഗ്നി ലഹും കാവാത്ത പുല്ലോ കാത്തില്ലോ അവർ ഉറയുന്നൂരിയാണ് ലഹും അവർക്ക് വേണ്ടി മിരൽ അഗ്നി മനക്കരുത്തിനാലോ കവാദിപെന്നല്ല മൂർച്ചയുള്ള മാളുകൾ അങ്ങനെ ആക്കിയപ്പോൾ പമ്പത്തു കാർത്തി വഴി തടസ്സപ്പെടുത്തുന്ന എല്ലാ സാധനങ്ങളും പിന്നെ അതുപോലെ തടയിക്കുന്ന ഹിജാബ് ഉണ്ടാക്കുന്ന സാധനമുണ്ടല്ലോ അതെല്ലാം മുറിഞ്ഞു പോയി ഇരിക്കണുന്നു അപ്പോഴെന്താ ഈ കൊറേ ആയുധങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് വാള് കുറയുന്നു വീശിയപ്പം ചെയ്തു എല്ലാ തടസ്സങ്ങളും പോയി ما درم الله فهتا زمو لطعن والنزالي وبتا دروما يادين القيتالي فهتا زمو أور درد نشيه توڑه تيري ماان جريكنو لطعن شاترو بني درية فولادان نزالي ونوردارلن دا غوالا مالي يدام ابا نازل ينازل منازلتم ونزال يدتلن دا نزالي ونوردارلن دا ആയുധങ്ങളൊക്കെ മാറ്റിയിരുമ്പാടാ ആരാ നോക്കുന്നുണ്ടാക്കുന്നു ഇറങ്ങിവരത്തി ഈ ഇറങ്ങി വരത്തിനെ സംബന്ധിച്ചെന്താക്കി ഭാഗത്തു പൗര ആയുധത്തിന് മയാദീനർ ഇത്താളിന്റെ മേതാനിയിലേക്ക് അവർ ആഴത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞു കൊടുത്താലി കൊറേ തടസ്സങ്ങളുണ്ട് ഈ തടസ്സങ്ങളെല്ലാം ഓരോ ശത്രുക്കളാണ് ആ ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള ഓരോ വാർഡുകളും ആയുധത്തിനിറങ്ങി നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പൊ ഇവിടെ നോക്കിയോട്ടെ പമ്പത്തുല്ലോ കാത്തിരി ഹാജിബിൻ ലാശത്ത അവസ്ഥയാണ് ആയുധങ്ങൾ തയ്യാറാക്കി വാള് വറയുന്നൂരി താരൻ നിസാൻ ഇവരുടെ ഇത്തക്കടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ പമ്പത്താണ് ലാസ്റ്റാ പറയേണ്ടത് ആലോചിക്കുന്നേല്ല ഞാനിങ്ങനെ തൊണ്ടവെറ്റിക്കുന്നേ ഉള്ളു ആ പരസ്യത്തി ലാസ്റ്റല്ലേ വേണ്ടത് അപ്പൊ ലാസ്റ്റ് പറയണ്ട ആദ്യം പറഞ്ഞു പോലെ ബൈസിന്റെ ഓടി പറഞ്ഞെന്ന് വെച്ചാ പറയുന്ന ഷാരീഗ് പറയുന്നുണ്ട് അത് പറയാൻ പോന്ന് ആദ്യം തന്നെ കാലേക്കുട്ടി എല്ലാം പറഞ്ഞു വായിച്ചാൽ തീർന്നു അപ്പൊ എല്ലാ തടസ്സങ്ങളും ദൂരീകരിച്ച കഴിഞ്ഞാ ഫഹത്ത പറയണു അതാ എല്ലാം മുറിഞ്ഞു പോയിരിക്കുന്നു കൊല്ലു കാത്തി മഹാജി ബലം നീങ്ങിരിക്കുന്നു അപ്പൊ ചുരുക്കത്തിൽ വലിയ നെഫ്സിനോടുള്ള പട പോരാട്ടം ഇവിടെ ഉണ്ട് വന്നത് ബൈല കൊൽത്തൂർ നഫ്തറ് എന്ന് പറഞ്ഞാൽ കിറ്റാബ് ഏകപ്പെട്ട സാധനത്തിന്റെ പറയും വാറാതഹുന ഇവിടെ ഉദ്ദേശിക്കുന്ന ഹെരിദവ ത മീമത്ത നമ്മൾ ഈ ഹെരിതകൾ തമീമത്തുറുക്കല്ലോ അതിനുള്ള നല്ല സീരയിൽ ഒക്കെ عاد ونيتا نيتا عليه تابعو نيتا نور اللفظ تورط بطو وغديا ان انا بودي جت تابعون بفتحه الباء باك باق فبتقول تابعين وايش تقرأ تابعي انه وايكنو ايه دوله قالب تغذ خاتم عالم ناب دي تابق هنا عباره الفاظ من الفاظ النخطه بلغوا 25 كلمه ഇരുപത്തഞ്ചോളം കരിമത്തിൻ്റെ രണ്ടാമത്തിന് പത്ത് ഹായിക്കുണ്ട് എങ്ങനെയാണ് അതിന് അർത്ഥം എന്താൽ കരിമ കരിമത്തിന്റെ അയൻ പത്താന്ന് ഇവര് മാളിക്ക് റവാനും എന്ന് പ്രത്യേകം വൈത്താക്കിയിട്ടുണ്ട് വൽ അഷ്റാഖ് എന്ന് പറഞ്ഞു അഷ്റാഖ് അഷ്റാഖ് ഇന്നത് തിലത്തിനും പറഞ്ഞത് അത്താറുപോലെ അതെന്താ വലിയ ശബകത്തൂർ ഈ ശത്രുക്കളെ ഭക്ഷാനുള്ള മലയില്ലെന്ന് ആ ബലക്കൊരു അഷ്റാക്കുന്നു തെണി വരാ ഇവിടെ ഇപ്പുറം ഉണ്ട് കവാദിബ് എന്നപ്പുറം പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അന്റെ ഒക്കെ ഇവിടുന്നില്ല കല്ലോ കവാലിബിനിപ്പുറം പറഞ്ഞതാ കവാദിബ് എന്ന് പറഞ്ഞിബിന്റെ ജമാനത് കാലിബ് കവാലിബ് അതിനർത്ഥം സൈഫാൻ മൂർച്ചയുള്ള വാളുക അർത്ഥം ി നിസാൽ എന്ന് പറഞ്ഞാൽ എന്താ സിദ്ധ തുൽ ഹർബു കടുപ്പ യുദ്ധം എന്നാണ് അർത്ഥം ആ നിസാൽ അടുത്ത് അങ്ങനെ അർത്ഥം കിട്ടി അതാണ് പറയുന്ന ഓ താഴിക്ക് അന്നല്ലറബ്ലബൈ ഹർബു യുദ്ധം കഠിനമായി കഴിഞ്ഞാൽ നസർ കുതിരപ്പൊന്ന് താഴേക്കറങ്ങി കരയുദ്ധമാണ് നടത്തുന്നത് അതാണ് നിസാൽ എന്ന് പേരിന് കടുപ്പട്ട യുദ്ധം പേര് വരാൻ ഉപയോഗിച്ചു യുദ്ധം ചെയ്യാൻ മയാദീൻ മയാദീൻ അപ്പുറം പറഞ്ഞിട്ടതാ മൈതാന മയാതര ഓടുന്ന സ്ഥലത്തിന് ആ മൈതാനെന്ന് പറയുന്നത് പോരാടുന്ന ആ വേദിക്കാണ് ഇവിടെ ഇവിടെ താമിച്ചത് മജാദി അൽ കിട്ടാൻ എന്ന് പറഞ്ഞ ഉണ്ടപെറമണത്തിന്റെ മൈതാനിന്നും കാണില്ല നെഫ്സിനോട് പടപരുതാനുള്ള കേന്ദ്രങ്ങളെ ഉദ്ദേശിക്കുന്നുണ്ടോ ഒറ്റ ബാക്കി നടത്തെല്ലാം പറഞ്ഞു ആ വായിക്കും ഇതാ പറയുന്നു ഉള്ളിൽ മറിഞ്ഞുകിടക്കുന്നതാണെന്ന് പണ്ടേനും പറഞ്ഞു വന്നിട്ടുണ്ട് അതിനോട് ചിക്ക് വന്നു പോയിട്ടുണ്ടല്ലോ മൂടിയിട്ടാണ് ഇത് പുറത്ത് തെളിയാത്തത് അതിന് പുറത്ത് നീക്കണമെന്ന് അവർക്ക് മുഖാശഫ ചെയ്യപ്പെട്ടു ബിമാ അലിമു അവർ അറിഞ്ഞൊന്നുകൊണ്ട് അന്നവും തമക്കനും ആ ഹസീഖത്ത് കൊണ്ട് അവർക്ക് മുഖാശഫ ചെയ്തപ്പെട്ടപ്പോൾ ലമ്മാശുടെ ജവാബാണ് അലിമു അവർ അറിഞ്ഞു അന്നവും തമക്കനുൽ അതിലേക്ക് ചെന്നു ചേരാനും സാധ്യമാണ് അതിൽ ഉറച്ചിരിക്കാനും സാധ്യമാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടു അവതുകൊണ്ട് മുഖമൂടി തുറക്കല്ലായിട്ട് ഹിജാബ് ഉയർത്തപ്പെട്ടു അലിനത്തിമേർ ബിഹി റബ്ബിന്റെ വക്കൽ നിന്നുള്ള പ്രത്യേകമായ ഭൈനത്തിന് മേലാവായി തീർന്നു ثم راه بن يمر قائلا ان مقام التمكين <سؤال> تمكين المقام عنده دون هوى مكابن لدت عنده موانع وربا ددرتات عنده وكمراتيو ولمهدكنه காரியങ്ങളും ഉണ്ട് للوصول الى ذلك المقام هي مقاماتي كجيرل تتور تടഞ്ഞു കളയുന്ന ഉണ്ട് اكبر مباليئ هذه التدستങ്ങളാണ് هي التي غطت القلوب കൊൽബുകൾ എന്താക്കിയിട്ടുണ്ട് മൂടി അതിന്റെ മോടിയാണ് കൽബിനെ മോടിയിട്ടുള്ള ഈ തടസ്സങ്ങളാണ് ബോധ്യപ്പെട്ട് വാജപത്തിന്റെ അറുവാഹ അനിൽ കശ്വി അൻ അറുവാഹിങ്ങളെ തടഞ്ഞതും ഇത് തന്നെയാണ് അനിൽ കശ്വി അൻ നസുലിഹാ അറുവാഹന്റെ അസിനിയെ തൊട്ടിട്ട് കശ്വാക്കല്ലെ തൊട്ടിട്ട് തടഞ്ഞതും ഈ തടസ്സങ്ങളാണ് കൽബ് വർവോഹു അപ്പൊ റൂഹും കമ്പും ആയി മാറിക്ക ഹിറുദ്ദീൻ മക്കുത്തൂമിൻ എഴുതപ്പെട്ട ഒരു ഉറുക്കിനെ പോലെയാക്കിയിട്ടുണ്ട് ഉറുക്ക് തോൽച്ച് നോക്കുമ്പോൾ അതിനുള്ളിൽ എന്തെല്ലാം വെടി വെച്ചാത്ത ഇറക്കാതെ ഉസ്മാലിനെയിട്ടുണ്ട് വീട്ടിരിഞ്ഞത് അങ്ങനെയുള്ള കഥ പറയലില്ലല്ലോ ഉടനെ ആദ്യ പറഞ്ഞ എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞ് അപ്പം ഉണ്ടാക്കി എന്ന് പറഞ്ഞു ആടിനെ വരാൻ പറഞ്ഞ് തോക്കെടുക്കട്ടാന്ന് വെച്ച് വെടി വെച്ച് അപ്പൊ വെടി കൊള്ളുന്നേ ഇല്ല അപ്പം തന്നെ തോക്ക് കിട്ടിയാൽ പോടിന് കിട്ടിയാകുമ്പോ എസ് കഥ പറയുക അങ്ങനെ വേണോ കഥയിൽ ചോദ്യമില്ല അപ്പൊ ഇതിനുള്ളിൽ പല രേതപ്പെട്ട അസലാറുകളൊക്കെ ഉണ്ട് എന്ന് വൈ തൊളിച്ചോക്കുമ്പോൾ അതിരി അത് കണ്ടുപിടിക്കേണ്ട തർക്കം എങ്ങനത്തെ വസ്തുപ്പ് ആലേഹി ഹിഷാവുൻ കൊറേ മൂടികൾ അതിന്റെ മോളിങ്ങനെ ചുറ്റിയിട്ടുണ്ട് കള്ളാത്തോണ്ട് ചുറ്റി മരുത്തുണിയോണ്ട് ചുറ്റി പിന്നെ ഉറുക്കിന്റെ ഓടയോണ്ട് ചുറ്റി ഇങ്ങനെ പല തൊബി ആലേഹി താപാന തീരുവച്ചിട്ടുണ്ട് وذاك ما في ما تريدين نوبل الرد برتويل لا حتى يخرك رالك طابو عصيرك بوليك पडनम والحساب الذي رسي عليه الذين من مودط اور मुडिरडन اد ترك पडनम وحار تابو ايه دان سيلي الذي جعله الله يحكم بكمي واذري حاجب النقلوب അള്ളാഹുസ് മഹാനഹു അത്തര ഹിക്കുമത്ത് കൊണ്ടും അവന്റെ അതിലുകൊണ്ടും കൽബുകളെ മറയിടുന്ന സാധനമാക്കി മാറി അഥവാ മറിയില്ലെങ്കിൽ ഇപ്പം എന്താകും എല്ലാവരും കശ്മീരം കഴിഞ്ഞാൽ ഇത് ദുഞ്ഞാവ് നോക്കാൻ ആരാളുണ്ടാവില്ല കൊറച്ച് പോയത്തക്കാർ വേണോ രാവിലെ കച്ചവട പോയി തുറക്കാനോ അല്ലെങ്കിൽ നമുക്ക് സാധനം കിട്ടുമോ എല്ലാരും ഉദ്ദേശപ്പാത്തിൽ ഇരുന്നാൽക്കാല മത്തറത്തിന് ഇതാമുദ്ദുഞ്ഞാങ്ങ് കുറെ പോയത്തക്കാർ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇത്യാവതി നടക്കൂല എല്ലാവർക്കും നമുക്കിന്റെ അധികാരായ പിന്നീട് എന്താ പണി എടുക്കലാണ് പിന്നെ കുറച്ച് അനീനിക്കാറുണ്ടെങ്കിലേക്ക് ഓടിക്കുമ്പോ വക്കീലമാർക്ക് പണി ഉണ്ടാവുള്ളു അതിന് ആസറത്തിന് കിട്ടുന്ന പല മക്കാമുണ്ടല്ലോ ഈ പറയപ്പെട്ട മക്കാൻ തന്നെ ഉണന്നുണ്ടാവണം ആസത്തിലേക്ക് എന്താ കൊണ്ടുപോകും ആളത് പത്ത് മെസ്സില് കിടക്കണം അത് പിന്നെ കുറച്ച് പാൽ കുടിക്കണം അതും ആഹാരം തന്നെ അല്ലേ അതായിക്കോ അതിന് പറയുന്ന കച്ചവടപ്പൊടി ഉറങ്ങിയ സാധുക്കാർക്ക് ബന്ധം കൈമൽ കൊടുത്ത് ഖിലാസയോട് കൂടിയിട്ട് അതിനൊന്നും വേണ്ട ഇത്രയൊന്നും നെയ്റ്റില്ല മറ്റവർക്ക് സ്വകേണ്ടി നമ്മൾക്ക് ലക്ഷ്യമില്ലല്ല സോകത്തിന്റെ മുതലെല്ലാം കാണാനാ പോകുന്നത് കോഴി വാങ്ങി വെക്കാൻ ഇതൊന്നും ആ ഹാജിബൽ ഹുജൂബിനെ തൊട്ടിട്ട് കമ്പുകളെ തടയുന്ന സാധനമാക്കി ഏതാണത് മനുഷ്യന്റെ പ്രകൃതിയാകുന്ന ആലമാണത് അതാ ഷഹബാത്ത് എന്ന് പറയുന്ന സാധനങ്ങൾ ഈ ഷഹബാത്ത് എന്നെല്ലാം ഇല്ലായിരുന്നുവെങ്കിൽ എന്താ ഇപ്പോൾ ഗവൺമെൻഫ് അപ്പടിക്കാണുമായിരുന്നു എന്ന ുധികളും അത് ശീലിച്ച കൊറേ ദുഷ്ചീലങ്ങളുണ്ടല്ല ഞാൻ തിരുതയെ കൂട്ടുകയുള്ളൂ എനിക്ക് അതേ വിറ്റുകയുള്ളൂ ഇതേ പറ്റുകയുള്ളൂ ഇന്ന നിറക്കാണിയെ വിറ്റുകള് എന്നെല്ലാം പറഞ്ഞിട്ട് അവരെ നബ്സ് ശീലിപ്പിച്ചുണ്ട് സ്ഥിരത ഇല്ലെങ്കിൽ ചോറ് നഫ്സിന്റെ ആയുധങ്ങളാണ് അല്ല പിന്ത അതിനോട് നഫ്സ് കൂടിക്കലർന്നുപോയിനി ഏതാണ് ഇതാ നമ്മുടെ ഈ സഹബാത്തുകളെ കുഴക്കപ്പെട്ടിട്ടുണ്ട് ശരീരത്തിനെ പടക്കാനുള്ള ആ കരിമൊന്നുണ്ടല്ലോ അതിൽ തന്നെ കൂട്ടി വെച്ചിട്ടുണ്ടോ ഈ ഉപ്പിട്ടാ മതിന് അപ്പൊ ഇനി ഏതോ ജ്യൂസിലുണ്ടോ ഉപ്പു ഈ പൊടി കുഴക്കുമ്പോഴുള്ള ഇതേ മാനിസഹാത്താകുന്നു ഉപ്പുട്ടിട്ട് കുഴച്ചിണ് അപ്പൊ സഹപാത് ഇല്ലാത്തൊരു മേഖല ഉണ്ടാവില്ല അതിൻ്റെ തന്നെ وهي التي ذكرها الله تعالى بنيت لله الله تعالى برزيل بالناس حب الشهوات من النساء والبنين والقناطير المقنطره من الذهب والفضه والفير المصمومات ولن عامل الحرب ذلك مطالع حياه الدنيا ஜனங்களுக்கு ஷஹவாத்தின் மாட்டുള്ള ஹுப் ஜனங்களுக்கு బాงியாக்கப்பட்டு இருக்குను እን dinyal ఇస్సా ఉంది బనీని మకర ఉంది പിന്നെ അനാത്തിൽ മുഖത്തരത്തിൽ പിന്നെ റഹബി വൽക്കീല സ്വർണ്ണം പള്ളിയുടെ അട്ടിയട്ടികളും ഒരു ഹൈലും സംഭവ നല്ല തീരൊക്കപ്പെട്ട കുതിര ആ നാൽക്കാലി മൃഗങ്ങൾ വൽഹാറസ് ഒരുപാട് കൃഷിയും തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ വേണം ഇതിനോടെല്ലാം സത്മ മനുഷ്യന്റെ പ്രകൃതി തന്നെ ഊട്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളവ പറഞ്ഞത് അനുഭവിച്ചു അതെല്ലാം നുഞ്ഞാവിന്റെ മത ആണ് എന്ന് പറഞ്ഞിട്ടു പറഞ്ഞു ഇനക്കണം മുന്തിന്ന് പറഞ്ഞാന്ന് കൊല്ലിക്കുന്നല്ലോ ഇതിനാകാണ് മുന്തി എന്ന് പറഞ്ഞേറ്റാണ് ടപ്പുറം പറയുന്നത് ഈ ബദന നിയന്ത്രിക്കാനായിട്ട് ഇതിനോട്ടുള്ള ചുറ്റിപ്പറ്റി അങ്ങ് കഴിഞ്ഞുപോയി അതിന് ജഹീരണ്ട് അതിന് ലക്ഷ്യം മറന്നുപോയി ഈ കാറ് കൊടുത്തിട്ട് ആ പോണ്ടെന്ന് ലക്ഷ്യമുണ്ട് എന്തിനാ പോന്നു ഇത് കാറ് തുടക്കം നന്നാക്കി അന്നടിക്കരുത് ഇത് മാത്രം കൊണ്ടങ്ങ് നേരം കൂടി ഇപ്പുറത്ത് തുടക്കുമ്പോൾ അപ്പുറത്തുണ്ടാവും പൊടി അതും തുടക്കം ഇപ്പുറത്ത് വേറൊരു പൊടി ഇത് തുടക്കലേ പിടിക്കരുത് യാത്ര എന്തെ ഫറത്ത് അതിന്റെ ഹിമ്മത്ത് മുഴുവനും തിരിച്ചുവിട്ടുപോയി മഹാകിലിഹിറമിഹി തിന്നലിന്റെ വിഷയത്തിലേക്ക് കുടിക്കലിന്റെ വിഷയത്തിലേക്ക് മൽബത്ത് ധരിക്കുന്ന വിഷയത്തിലേക്ക് മക്കന്റെ വിഷയത്തിലേക്ക് മങ്കഹയിലേക്ക് ഇക്കാജീപ്രേക്ക് ഒന്നായിട്ട് പറഞ്ഞാലിക്ക അതിനോട് തുറന്നു വരുന്ന പല കാര്യങ്ങളുമുണ്ട് പിന്നെ ശബാഹിനി സുഖലാക്കുന്ന കാര്യങ്ങളാല് ഏ പിന്നെ ഉച്ച വിജാലി നയിക്കണം അപ്പം എന്ത് വേണം അതിന് കുറെ സുഗറുകൾ അതിന് എന്തെല്ലാം പോരായ്മ അതിന് ഏറെ അച്ഛമാങ്കാമോ ഉണ്ട് യാത്ര മീമാങ്ക അത് വേണം അങ്ങനെയുള്ള നേരം കൂടി ചർച്ച ചെയ്യണം അതാ ശബാഹിബുകളും ഇതിനെ തടയുന്ന സാധനങ്ങളാല് അതിന് അപ്പുറം എന്താ ഉള്ളത് ഇവിടെ അച്ഛരി പലുണ്ടിക്കുന്നത് ഈ കത്ത് ആ കയക്കും ഇത് ശരിയാക്കണ്ടി അതിന് മുന്നിൽ ആക്ക എന്ന് പറഞ്ഞാൽ തടഞ്ഞു ആക്കയറവൂക്കൂ എല്ലാം അത് ശരിയാക്കണം ഈക്കത്ത്ന്നല്ലേ വേണ്ട ആക്കയറവുക്കൽ എങ്ങനെട്ടേ ഈ പൈനിലാദ്യം ഈ കറ്റ് ഈ നക്സിനെ തടസ്സമാക്കപ്പെട്ടു അതിന്റെ ജമ്മല്ലെന്ന് അറിയുന്നു അത്തൊരു നത്തോട്ട അതിന് തടസ്സപ്പെട്ടു പോകയും റബ്ബിന്റെ അൻവാറിന്റെ സുഹോദിനത്തൊട്ട് തടയപ്പെടുകയും ചെയ്തു ഒഴികെ എന്തുകൊണ്ടത്തെ അദ്ദേഹം ഈ അമ്മാവിന്റെ വിലയത് കൊണ്ട് ഓർക്കുന്നില്ല ഇതൊന്നും തടസ്സത്തി വരില്ലാഹുവിന്റെ ഇനായത്ത് മുൻകടന്നത് കൊണ്ട് വേണ്ടി ഉള്ള ആളുകൾ ഒഴികിയായി ഇന്നല്ലിന്നൽസിനു പറഞ്ഞില്ലേ അപ്പോ ഫല അലിമൽ കൗമു കളറിഞ്ഞു ബിഹാദിൽ ഈ പറയപ്പെട്ട തടസ്സങ്ങളെല്ലാം അറിഞ്ഞു അല്ലതീ ഖതഅതും മനിൽ മുസൂരീലാ റബ്ബിഹിം റബ്ബിന കൊള്ളേ ചേദുന്ന ദിനേ തൊട്ട് അവര തടയുന്ന ഈ തടസ്സങ്ങൾ എന്തൊക്കെയാണ് നടഞ്ഞല്ലോ വമയ്സൂ ഹാദിഹിൽ ഖതാഅ ഖതാഅ വ ശബകാത്തിൽ ലത്തി ഹബസതുഹും ഫീ ഖുയൂദിയാ ഈ മുർച്ചടയുന്ന സാധനങ്ങൾ മുയിടറിയുന്ന അതുവനെ വലകൾ നമ്മൾ കുടുങ്ങി പോകുന്ന വലകൾ അല്ലത്തി എങ്ങനെ ഹബസത്തുഹും അവർ അത് തടഞ്ഞിട്ടുണ്ട് ഈ പറയപ്പെട്ടതിന്റെ തടസ്സത്തിൽ കൈതീലായിട്ട് തടഞ്ഞിട്ടുണ്ട് അബായ്ക്കുറാകുന്ന വലകണം ഇങ്ങനെയല്ലു അവർമിഹി അവരുടെ ഉന്നതമായ ഹിമത്തിൽ നിന്നുരിങ്ങനെ ഊരി പ്രതിരോധിക്കാൻ ിൽക്കൽ ഈ തടസ്സങ്ങളെല്ലാം മുറിച്ചു മാറ്റണമെന്ന് അവർ തീരുമാനിച്ചു ഈ സഹപാത്തികളെ അവരെല്ലാം അവഗണിച്ചു തള്ളിക്കളഞ്ഞു അല്ലക്കും ഹിമ്മത്തുമില്ലായി അവരുടെ ഹിമ്മത്തിനെ അള്ളാഹുമായി ബന്ധപ്പെടുത്തിയപ്പോൾ വങ്കത്തറോമിക്കുല്യത്തെയും അവർ പൂർണമായി മനസ്സാ വാചാക്കണം വണ്ണതകുല് അതുകൊണ്ട് മുറിഞ്ഞു വീണു അങ്ങനെ വീടപ്പോൾ ഇങ്ങത്തെ തിൽക്കൽ അലായിക്കൂ ഈ അലായ്ക്കുകൾ മുഴുവനങ്ങട്ട് മുറിഞ്ഞുപോയി വർത്തഭ തിൽക്കൽ ഹുജുമ്പോ ആ എല്ലാ മറകളും ഉയർന്നുപോയി ഭക്ഷതമോ ചമ്മറൂലി താനിറ്റി തിൽക്കൽ അലായിട്ടി ഈ തടസ്സങ്ങളിൽ കുത്താനും അതിനെ മുറിക്കാനും അതിനെ വട്ടാൻ വക്കണ്ടാക്കി അവർ രംഗത്ത് വന്നു വനകലോലി മഹാറഭത്തിൻഫോസ് നെർസുകളാകുന്ന ശത്രുക്കളോട് ഹെർബ് ചെയ്യാൻ വേണ്ടി അവർ താഴോട്ടിറങ്ങി വറദിയായിരത്തിൽ കുന്ദൂസ റബിനെ കൊള്ളതില് അങ്ങനെ ആയുധം വെച്ച് കീഴടങ്ങി നബ്സ ആയുധം വെച്ച് കീഴടങ്ങി വാദനത്തിന് അള്ളാഹുവിന്റെ വെളിപ്പെട്ടോളാന്ന് പറഞ്ഞിട്ടുണ്ടാക്കി അത് കുമ്പുത്ത് കളഞ്ഞൂ ചുരുക്കത്തിടസ്സമാകുന്ന തത്രുക്കളോട് പടപുരുതിപ്പം വന്നത് പറഞ്ഞിടത്തോളം അതൊക്കെ യുദ്ധക്കളത്തിനോട് വമ്മച്ചു പറഞ്ഞു ും പറയുന്നതാ ഇന്താദിബീൻ പാലിബീങ്ങളെ തൈര് അറ്റമാകുന്ന എവിടെയാറിഞ്ഞോ ഇതൊ നെഫ്സിന് ഞാൻ മതിയുന്നു ഇപ്പൊ സദ്ദാമിനെ പൊടികിട്ട് ഓരോ ഈ പുഷിന്റെ കണ്ടീർന്നില്ലേ അതെന്നെ പറയും ഓരോ ബോബറിലും തീർന്ന എല്ലാം കാര്യം നേടിക്കഴിഞ്ഞു ഇതേ മാതി നഫ്താകുന്ന സദ്ദാമിന് എനിക്ക് കിട്ടണം ഇവർക്ക് കിട്ടണം കിട്ടിക്കഴിഞ്ഞാൽ കാര്യം തീർന്നു അതാണ് തൈരന്റെ ഒട്ടാകെ മാത്ര ഫൈൻ നഫിറോ ബിഹാ നബ്സിനെ കൊണ്ട് കിട്ടിക്കഴിഞ്ഞാ ബസലു അവർ വസു ആയിക്കഴിഞ്ഞു ഇനി എന്റെ എപ്പുറൊന്നും പാടില്ല നഫ്സിനെ നമ്മളെ കൺട്രോളിൽ കിട്ടിയാൽ മതി ഈ പറഞ്ഞെടുത്തോളം മുസാ ഞാൻ പറഞ്ഞില്ലേ മുസാറത്തു കലാമിൻ നാലിമി ബൈത്തിൽ പറഞ്ഞ അതിനോട് ഒപ്പിച്ച് ഞാൻ പറഞ്ഞു എന്നുവച്ചാലോ ബയ്യെ കിട്ടേണ്ടത് ആദ്യം പറഞ്ഞു ആദ്യം പറഞ്ഞണ്ട് വെയ്യപ്പൊട്ടി എങ്ങനെയുള്ള പറഞ്ഞ തെർത്തിക്കാൻ ബൈത്തപ്പിക്കാൻ വേണ്ടിട്ട് വൈറ്റിനൊപ്പിച്ച് ഞാൻ ഇങ്ങനെ ലീഗിനെ ഉള്ളു അപ്പം ഈ തകതിയും അപ്പഴതിനെന്താക്കും തകതിയും മുൻതീറും കാണാം ആദ്യം പറഞ്ഞത് വയ്യപ്പറഞ്ഞ് വയ്യപ്പറട്ടെ ആദ്യം പറഞ്ഞ ആ തക്കതി മുൻ തഹും കാണും എന്തുകൊണ്ട് കഥ അല്ലായിക്കൽ പറഞ്ഞു ഹിജാബ് എല്ലാം ഉയർന്നു ഹിജാബ് എല്ലാം തമ്മിൽ വശമിറ്റി ലായ കുത്തുന്നു ഓക്കെ പിന്നെ കുത്തണം ആ അപ്പോ ഫൈനായിക്കും അത് പിന്തിച്ചു പറയേണ്ടതാണ് ആദ്യം മറിഞ്ഞു ബാളുകളും കുന്തങ്ങളൊക്കെ തയ്യാറാക്കി യുദ്ധക്കടത്തിൽ ഇറങ്ങി കൊത്തി കൊത്തിയപ്പോ ശത്രു കിടങ്ങി എന്നാ പറയേണ്ടത് ശത്രു കീഴിറങ്ങി ഒരു കുത്തിനെ ഇപ്പം പറഞ്ഞത് ആൻ മുഹാരത്തിന്റെ നർസിന്റെ മുഹാരഭത്തിന് പിന്തിച്ചു വരേണ്ടതാണ് ഇപ്പൊ കൗലിമി ഇപ്പൊ മുസന്തിപ്പ പറഞ്ഞത് അമ്പതകുല്ലു കാതിം വാഹാജിബി എന്ന് പറഞ്ഞുത ശേഷം പറയുന്നത് മുറ തബുൻ അലാ മാബാദഹു ശേഷം ഉള്ളതിനെ ഒട്ടോർക്ക് പറയുന്നത് ഇര ശേഷം പറഞ്ഞത് തഹതാസമൂലി തഹിലി വന്നിസാലി വബതദറു മായാഹിനൽ ഖീതാദി എന്ന് പറഞ്ഞയ ശേഷം യുദ്ധത്തിന്റെ അവസാനം വിജയമായത് അമ്പതകുല്ലു കാതിം വാഹാജിബി എന്ന് പറയുന്നത് അവധിദാരി മജാദീന കിസാ യുദ്ധക്കളത്തിന്റെ മൈതാനിയിലേക്ക് ആഴത്തിലിറങ്ങല്ല തൊട്ടും ശേഷം ഉണ്ടാവേണ്ടതാണ് എല്ലാ തടസ്സവും നീങ്ങി എന്നുള്ളത് വൽ അമർ കലീമും കാര്യപടി എടുക്കേണ്ട അതിനുവേണ്ടി കുറ്റൊന്നും പറയണ്ട പാട്ടിന്റെ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചേ ഉള്ളൂ വല മുസന്നിഫ് പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ബിലാമി താഴീ താളിയാവിട്ട് പറഞ്ഞ കാണാ ഹസൻ അത് എങ്ങനെയാണ് എല്ലാ കാത്തിയനെയും മുറിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നെങ്കിൽ മുറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ മുറിക്കാൻ വേണ്ടിയാണ് യുദ്ധം തന്നെ വരേണ്ടത് അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ പാട്ടുപോലെ യോജിക്കുവായിരുന്നു ഒന്നാം ഭാരം സുമന പിന്നെ മുസന്നിധി വലിക്കുന്നു ഭരണത്തിൽ ഈ തടസ് നിൽക്കുന്ന ശത്രുക്കൾ فَتَيَ كَبْتَنِ دِفُوسُهُ لِيَكِ دَارَنْتُ وَتَطَلَّقُ مِنْهُ شَطْرُكَ لَهُ بَغَوَدَنَدُ أَلَا رَكَ شَطْرُو فَقَالَ وَأَادِمُ أَن لَيْسَ شَيْءٌ قَاطِعٌ كَأَبَابِرِنْ قَاطِمٌ وَبَبْرِنْ سَابِعِي كَذَا شَيْءٌ قَاطِعٌ عَلِمُوا أَبَرْنُ أَبَرْنُو أَلَيْسَ شَيْءٌ وَلَيْسَ شَيْءٌ إِلَّا قَاطِعٌ هَذَا شَيْءٌ إِلَّا ും കാത്തിൽ നല്ല ഇഷ്ടം പോലെ വസ്ത്രം ധരിച്ച ഒരു മദനെ പോലെ ഒരു കാത്തീം വേറെയില്ല ഇഷ്ടംപോലെ വസ്ത്രം ധരിക്കാനുണ്ട് സമയത്തിന് സമയത്തിന് നിങ്ങൾ മാറ്റുന്നു ചേക്കുന്നു അലക്കുന്നു മാറ്റുന്നു നിങ്ങൾ പതി മതനും ശാപയും നിറച്ച പാലും ഈ രണ്ടും അത് കാര്യമായ എന്ന് മനസ്സിലായി അപ്പൊ ഒന്ന് പുറമെയാണ് ഒന്നുള്ളിലാണ് എന്ന് മാത്രം ഒന്ന് നിറഞ്ഞ മറ്റൊന്ന് ഇഷ്ടം പോകാതെ വസ്ത്രം ധരിച്ചത് ശരീരം അപ്പൊ വസ്ത്രം ധരിക്കൽ പുറമേ ചോറുള്ളിലും അപ്പൊ ഉള്ളിൽ ചോറ് പുറത്തൊരു വസ്ത്രം ഇതാണ് കാര്യമായ തടസ്സം അവർക്ക് ബോധ്യപ്പെട്ടതെന്ന് അതിനെന്താക്കണം ഇനി വസ്ത്രത്തിന് കൺട്രോൾ കൊടുക്കണം പിന്നെ തുണുന്നതിനെ അകത്താക്കുന്നതിന് ഒരു കൺട്രോൾ കൊടുക്കണം തോന്നുന്നു അന്നകും ബസ് ലഹർ പുറമെ ബസ്സിന് ഏതാ ഉള്ളു ലഹ്റേതാണ് ും കാശി ബത്തനേതാ പമൻ ഉത്ത ഉദ്ദേശിച്ചാൽ അഞ്ഞത്തരത്തും വേണ്ടി ആ അവിടെ ബാഗ വേണ്ടത് ഇവിടെ ലിഐ പിന്നി നഫ്സുകൊണ്ട് മഹജൂബാക്കപ്പെടാൻ അള്ളാഹുത്താലും ഇഷ്ടംപോലെ തുന്നോളി ഇഷ്ടംപോലെ തരൂന്നു അതിനുള്ള കൗകര്യങ്ങൾ വേറെ പോലെ ചെയ്തരും മഹജൂബാക്കാൻ ആയാം പോലെ തുന്നതി മാറി മാറി മാറി തുന്ന തുന്നലേ തുന്നലി ശാബിയായ വസ്തുനുടിക്കോ ധരിക്കു തന്നെ യശു കല കല്ബു അവന്റെ കൽവിനെന്താ തലങ്ങളുടെ ചോലാക്കും ആ തസീനിൽ മലാ മിസി വസ്ത്രം ധരിക്കുന്നതിനെല്ലാം ഭംഗിയാക്കല് തേച്ചാലും പോലെ അതാക്കിട്ട് അതുകൊണ്ട് ഇങ്ങനെ നേരം കൂട്ടുക അതായത് ലാഹറിലേക്ക് നോക്കിയിട്ട് അപ്പൊ തഹസീനിൽ സാധനം നല്ല മെച്ചപ്പെട്ടതായിരിക്കണം അങ്ങനത്തെ നമുക്ക് തിന്നാൻ പറ്റൂല്ല കോർക്ക് വായിക്കു രുചി ഉണ്ടാവില്ല അത് ബാധിക്കും ഇത് തന്നെയാണ് ബഹുഭൂതിപക്ഷം ആളുകളെയും കടന്നു ഇത് അതാ മുത്താക്കി രണ്ടെണ്ണത്തിൽ ഒതുക്കിയത് വെറൊന്നും അതിലല്ല നേരം മൃത്യവീന്ദ്രനാൻ തള്ളി കെട്ട് കഴിച്ചുകെട്ടലും അതിന്റെ എക്സ് ചിരിയാ കഴിച്ചി അതിന്റെ കൊമ്പ് ചിരിയാ കഴിച്ചി കണ്ണാടി നോക്കി കെട്ടലും പൊളിക്കലും കെട്ടലും പൊളിക്കലും തന്നെ മണിക്കൂറുകളോളം ഇങ്ങനെ കണ്ണാടി നോക്കും പിന്നെ ഇങ്ങനെ ഇതാ കയറ്റി പിന്നെ അത് പിന്നെ ഇങ്ങനെ ഈ മൂലയ്ക്ക് മാത്രം ഒരു പശമുക്കും പോലെ മുക്കിയിട്ട് ചേച്ചി നോക്കാം ഇതിന് ഇങ്ങനെ കൊമ്പുണ്ട മലപ്പുറം ജില്ലയിലാണ് ഈ തലിക്കട്ടിന്റെ വളർത്തുന്നാണ്ട് ഇങ്ങനെ അങ്ങനെ കൊണ്ടു ഇരുവാരി ഇരുവമ്പൻ ഇങ്ങനെ പലയിലും എങ്ങനെ തലമാർക്കയിലുണ്ട് അതി വെളിച്ചം കെട്ടിരിക്കുന്നില്ല അധികം ആളുകളെ നേരം കൂട്ടിയത് തടസ്സപ്പെടുത്തി ഈ സാധനമാകുന്നു സമാൻ ഖാൻ അപ്പോ ഒരാൾ പൊരുത്തപ്പെട്ട് അല്ലി ബാസ് ഈ വസ്ത്രത്തിൽ നിന്ന് പൊരുത്തപ്പെട്ട അവറത്തു മറക്കാൻ പറ്റുന്നുണ്ട് പരുവരുത്ത വസ്ത്രായാലും മതി അവർത്തു മറക്കാൻ പറ്റും എന്തെങ്കിലും ഒന്ന് ഒന്ന് ധരിക്കണമെന്നേ ഉള്ളൂ അത് ബാക്ക് ഭക്ഷണത്തിൽ നിന്ന് പൊരുത്തപ്പെട്ട് ഇനി ആ വിശപ്പ് മാറ്റാൻ പറ്റുന്നുണ്ടോ മീ മുത്തലക്കിട്ട എന്ത് താരമായ എന്താ ഭക്ഷണം വേണ്ട എന്തായാലും കൊള്ളാ പൈപ്പേലുള്ളൂ അതാ എന്തായാലും കൊള്ളാം ബിരിയാണിയാണ് കുട്ടാണ് കണ്ടാവും അല്ല നിങ്ങടെ അന്നെങ്കിലെ കുറച്ച് പച്ചാർന്നുകൊണ്ടല്ലേ രുചിയാണ് അതിന് വേറെ ആരും ജില്ലാ വേറെ ആ നല്ല രുചിയായി തോന്നുന്നുണ്ട് ഞമ്മ ചാഴ്ന്ന ഭക്ഷണിക്കുന്ന ചെങ്കൈൻ്റെ അനി ആര് മിഞ്ചിട്ടുണ്ടാക്കി വന്നു ബാധിക്കുന്ന ചിന്താണ്ട് മഴ കഴിഞ്ഞാൽ അയാക്കൊടുത്താൽ അഷ്ടമുള്ളൂ തളപ്പിലുണ്ടോ ബസ് നീങ്ങ വന്നിട്ടൊന്ന് അത് നിശ്ചി അപ്പൊ കണ്ട് പൊളിച്ചതറി ഒന്നും രോഗവും ഇല്ല നല്ല സ്ഥലം തടിക്കാം അപ്പൊ അതൊക്കെ ഒരു വഹീയമായ കാര്യങ്ങളാകും അതെന്നെ ചീരിച്ചു വെച്ച് അപ്പൊ അങ്ങനെ പൊരുത്തപ്പെട്ടുനിന്ന് കാന കൽ മജുമു അമ്മ അല്ലാ അവന്റെ കൽബു അള്ളഹനെ കൊണ്ട് മജുമു ആയിജം എന്റെ ഹാല് കിട്ടുന്ന കൽബായി മാറിന്റെ വേണ്ടു ഹിമ്മ എപ്പഴാജണ്ടായാലേ അതിന്റെ ഹിമ്മത്ത് കൊണ്ട് അള്ളാൻ കൂടെ തവച്ചു ആയെങ്കിലും അജമ്മണ്ടാല് തവച്ചു ഹാക്കി വച്ചാൽ വരുമായി കയും വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാവൂലു വരത്തന്റെ ഹമ്മ ആണെങ്കിൽ ഇമ്മാമേലേ ഉള്ളൂ മകലുള്ളൂ വമങ്ക ഒന്ന് വൈകുറം വമൻകാനത്ത് വമഹമ്മുഹു എന്റെ പുറം ബസിന് ബസിന് അവിടെ ഇമ്മാലോ മൻകാന ഹുഹു പൊരുത്തന്റെ ഹമ്മയെങ്കിൽ മാ ഒന്നായെങ്കിൽ എങ്ങനെ തൊന്ന് മാത്തനുഹു ബത്തിൽ കയറ്റുന്നതാണ് അവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണെങ്കിൽ അവന്റെ പ്രധാന ലക്ഷ്യം ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെന്താണ് ബത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നത് എന്നാൽ കാന കീമത്തും അതിന്റെ കീമത്ത് എന്താ കൊടുക്കേണ്ടത് മായോറി മീൻ അതിനെന്താ പുറത്തു കിട്ടുന്നതായിട്ടു ഉള്ളിക്കയറ്റുന്നതിനെ മാത്രമേ വിലകൽപ്പിച്ചാൽ അതിന് കീമത്തായി കൊടുക്കേണ്ടത് എന്താണ് അതിന് പുറത്ത് കിട്ടുന്നത് ില് അതറിയാലി ആ സോഫിയാക്കളെ വല്ലാണ്ട് കൊറവാളിപ്പാ ഉള്ളിക്കുന്നതിന് മാത്രം വിലപറിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണ്ട എന്താണ് പുറത്തു വരുന്നത് ഹദീഫിനുണ്ട് മാൻ തറക്ക തമ ജമാലിൻ ജമാലിന്റെ ഒരു വസ്ത്രം അയാൾ ഉപേക്ഷിച്ചു എത്തരത്തിൽ ബഹുബാ ഖാദരും നൽകിയും എനിക്ക് മണിങ്ങൾ ധരിക്കാൻ കഴിയും എന്നാൽ അൽബുല്ലാമ കടാമത്തിന്റെ ഒരു ജോഡി വസ്ത്രം ഒന്നാമത്താനോ എനിക്ക് ധരിപ്പിക്കൂന്നാണ് പറഞ്ഞത് ിലേക്ക് അതിലെ ഹരിത ഉണ്ടായിരുന്നു വക്കാലായി രണ്ടാമത്തേന് ഇതിന് മത്തന്നെ ശൈതാനന്താക്കും മനുഷ്യന്മാരിൽ കൂടി നടക്കും മധുരമി ചോരം ഒഴുകുന്ന എല്ലാ സ്ഥലത്തേക്കും നടക്കും അതുകൊണ്ട് പതയ്യക്കോ മസാലിക്കോ ശൈത്താൻ മാർഗം നിങ്ങൾ കുടുത്താക്കണം ജൂ വിശപ്പ് കൊണ്ട് കുടുത്തായിക്കളാം അതിലേക്കാൾ ഇത് െതിരേക്ക് അതാ വൻ മക്സൂദ്ധിക്കൊണ്ട് ഈ പറയപ്പെട്ടതുകൊണ്ടെല്ലാം മക്സൂദ് എന്താന്ന് രാധിക്കരുതല്ല അള്ളാഹുവിനത്തൊട്ട് ഹിജാബിടുന്ന എന്തെല്ലാം കാര്യം ഉണ്ടല്ലോ അതെല്ലാം മതി തീർച്ച അതിനുള്ള ലക്ഷ്യം ശബാംഗിബാസ് അത് വസ്ത്രത്തിന്റെ ഭാഗത്തിൽ കൂടി ആചാരം കൊള്ള അവി അവ ഭക്ഷണത്തിന്റെ ഭക്ഷണത്തിന്റെ ഭാഗത്തിൽ കൂടി ആയാലും കൊള്ളാം അവരിയും അവരുടെ വേറെന്തെങ്കിലും ഭാഗത്തിൽ കൂടിയായാലും കൽവിനെ അന്താനപ്പെട്ട് ചൂടാക്ക നെല്ലിനെ ദ്വരീകരിക്കാന്നേ അർത്ഥമുണ്ട് വലിതാലിക്ക ഇതുകൊണ്ടാണ് അമ്മൻ നാദിമോ നാളിമെന്താക്കിന്നറിയോ ആക്കി പറഞ്ഞു ശേഷം പറയുന്ന ബൈത്തിരി അമ്മമാ അതായത് അമ്മാക്കി അവരുടെ മുത്തായേക്കിട്ട് പറഞ്ഞു അമ്മമാ ഇപ്പൊ എന്താ ആദ്യം വൈറ്റ് രണ്ട് ക്ലാസ് എടുത്തു ഏതൊക്കെ അതിന് ശേഷം ആ മാം പറഞ്ഞു എല്ലാം എവിടെ നോക്ക് അട ഹിജാബാന്ന വണ്ടി വനഅറുൽ അടഹിജാബ അട ഹിജാബ് هجابني أبرغندو في البواطنين <سؤال> أوليل الله هجابني أبرغندو فرجدوه أولي أفرهتكنو في نفوتكا من أطول نفسي أولي مرنجي أولي قندفتكو أطول قلنا فآملوا على جهاد النفسي حتى أظالم عبها من لبسي فآملوا أبردوانيكو على جهاد النفسي نفسي نور جهاد جيان وردتك അങ്ങനെ അവർ അങ്ങ് ദൂരീകരിച്ചു ഹക്കും ബാത്തിൽ കൂടിക്കിടന്നുണ്ടല്ലോ കൂടി ആ ബാത്തിനെ കംപ്ലീറ്റ് അങ്ങ് ദൂരത്ത് അരിച്ചെടുത്ത് മറിഞ്ഞിടക്കുന്നുണ്ട് പറഞ്ഞില്ലേ അതേതാ ഹവാനോടുള്ള ഹുബ് അതാ തങ്ങൾ ഇതാ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ആ ആവശ്യമില്ലെങ്കിൽ എന്റെ കത്തിൽ ഇടണം ഏതൊരു ഒട്ടാക മറിച്ച് കടക്കുന്നല്ലാത്ത മറ്റുള്ളതിന്റെ മഹബത്താണ് മൊത്തത്തിൽ ചെറിയ തോതിലോ വലിയ തോതിലോടെ മഹബത്താണ് ഏത് ഈ തടി ഹുബ്ബ് മലാബിസ് ഭക്തങ്ങൾ മെച്ചപ്പെടുത്തല് പോലെ മെച്ചപ്പെടുത്തല് മറാഖിബുപോലെ മറാക്കിന്ന് വെച്ച വാഹനങ്ങൾ മനാഖി നിക്കാജ എന്നും പറഞ്ഞ വസ്തുവല്ലേ വമീൻ ചിലതിന്റെ മായത്തൂന് മുതാലിക്കമ്പിൽ വവാത്തിനും ബന്ധപ്പെട്ടത് അരിഹുണ്ട് ടഹബുൽ കടങ്ങി പോയാൽ ഓർ ആരാളാണ് സ്പെഷ്യലിസ്റ്റ് ആകലി എന്നുണ്ടല്ലോ ആളല്ല ശബ്ദമല്ലേ ഒരു സൂപ്പർ ആളാകലി ആറാമത്തിനോടിനുപോലെ എല്ലാവരും റിയാസത്ത് പോലെ ൂർ അതുപോലെ എല്ലാ രംഗത്തും രംഗത്തും പ്രത്യക്ഷപ്പെടുന്ന ആളാകണം ഇതൊക്കെ ബാധിന്യായ താല്പര്യങ്ങളാണ് ഒമാഅൻ ലാടിക്ക അതിനാൽ ഉണ്ടായിത്തീരുന്ന പല കാര്യങ്ങളുണ്ട് ഇതിനാൽ ഹാറ്റത് ഉണ്ട് കിബിറുണ്ട് റില്ലുണ്ട് ഋഷുണ്ട് അബബുണ്ട് കടക്കുണ്ട് ഹെഡ്സ് തമാ ഇതെല്ലാം അതിലാണ്ടായിത്തീരുന്നു ഹറ്റത് അസൂയ കിബിറ് കിബിർ തന്നെ പിന്നെ റില് എന്ന് പറഞ്ഞ പോരി ബഹനാക്ക് കുഞ്ഞു കിട്ടുമ്പോൾ അതോടുണ്ടാകുന്ന ഒരു അരിച്ചതാണ് ഓണിക്കല്ലേ കിട്ടിയെന്ന് അതാ വില്ല് വിശ്വ എന്ന് പറഞ്ഞാൽ ചതിക്കാനുള്ള ആ വഞ്ചനറിയുന്നെ കണക്കുന്ന ഒരു മനസ്സിന് സമാധാനം ഇല്ലായ്മ ആ മനസ്സിനുണ്ടാക്കി ഈ ഒരു അങ്കലാ നേരത്തെയുള്ള സമാധാനം എല്ലാം പോയിട്ട് ഒരു പുതിയൊരു പ്രശ്നം മനുഷ്യന് വേറാക്കുമ്പോൾ ഗോറ് കിട്ടിപ്പോയവ് ഒരു സത്യാഗ്രഹം ആഗ്രഹമില്ലാത്ത കിട്ടാത്ത കുറിക്കുന്നുണ്ടല്ല വായി താദിക്കലും അമ്മോബിൽ ബാത്തനീ ഈ പറയപ്പെട്ട പോരായ്മകളെ തൊട്ടല്ല ഇതിനെതിരായ കാര്യം കൊണ്ടെന്താക്കണം ആക്കണം അപ്പോ നേരത്തെന്തെല്ലാം വന്ന് പബ്ബുൽ മാലിന് സുഹൃണം മലാബിസൻ എന്താ പകരം ഉള്ളത് കൊണ്ട് പൊരുത്തപ്പോഴും കൊണ്ട് മതിയാക്കിയാൽ മതി ൊന്നും പണ്ടാ മ്മ് മതഹം പേണ്ട സനാവും പേണ്ട നേതൃത്വവും പാണ്ട നുഹൂറും പേണ്ട ഹസും ഇല്ല കിബറും ഇല്ല തവാഹ് കണ്ടുവന്നു എല്ലാം ഇതിനെ ഓപ്പോസിറ്റ് ആയി തവാസിന്റെ സഹാബത്ത് ഔദാര്യ മനോഭാവം താന്നീ എന്ന് പറഞ്ഞ എല്ലാത്തിനും വീണ്ടും വിചാരത്തോട് ഉപയോഗിക്കരുത് നഫ്സിന്റെ എടുത്താട്ടയില്ല ിൽ ഹമീദത്ത് കൊണ്ടുണ്ടാക്കും അത് ഊട്ടിയെപ്പിച്ചാൽ ഹിജാബ് നഫ്സാന്റെ ഹിജാബ് നീങ്ങി തകലീദ് ഹക്കും ബാബലും കൂടിക്കലി അതെല്ലാം നീങ്ങി അതുകൊണ്ട് അത്യാഗ്രഹം പോയി കഴിഞ്ഞ പിന്നെ മറ്റുള്ള ആൾക്കാൻ തോന്നുവല്ല തിരുസംഗത്ത് പോയാലി യും പെട്ടവനായില്ലയും തീ അയിന് തന്നെ കുടിക്കുന്നവരായി പണ്ടുണ്ട് തത്തിനെയും ആ കുടിക്കരുത് അതേ അത്തരത്തിൽ താഴെ ഒരു കൂട്ടർ ഉണ്ടല്ലോ അബ്രാദീങ്ങൾ മറ്റുള്ള ആളുകൾ മസ്ജാദ് കൊടുക്കുന്നതിന് ജേശം കലർത്തിയിട്ട് വേറെ വെള്ളം കൂടെ കൂടി മിക്സ് ആക്കിട്ട് കൊടുക്ക തനി ജ്യൂസ് കൊടുക്കൂല അത് കുറാനിലുണ്ട് ആ കൈറാറാൻ തകലീഫ് നസ്സിന്റെ സ്വഭാവങ്ങളും തഹലീഫും കൂടിയ ആളുകൾ ഇപ്പൊ സഫാ സുഫിയു ഒറ്റ ശുദ്ധിയാക്കാൻ കഴിഞ്ഞാൽ അങ്ങോട്ട് ശുദ്ധി എടുക്കണല്ലോ അപ്പൊ കടപ്പില്ലാത്ത കൊടുക്കണല്ലോ എനിക്കങ്ങോട്ട് ഒമൻ ഹലത്ത ഹലപ്പുതി മകരൂത്തി ആക്കിയിട്ടുണ്ടെങ്കിൽ ഓനിക്ക് കുടിപ്പിക്കുന്നത് എന്തുവാണോ കൂട്ടിക്കാൽ തീരയില് കൊടുക്കും പട്ടിക്കാട്ടിൽ കൂട്ടാൻ പറ്റില്ല കൂട്ടാൻ അടുപ്പത്തിൽ നിന്ന് എന്താക്കും ബന്ധമാരെ തനിച്ചിങ്ങനെ പോലീസ് പുസ്തകം മാർക്ക് പത്രത്തിലെടുത്ത് വെക്കും പിന്നെ പാനീയ വെള്ളം കൊണ്ടുവരുമോ രണ്ടും ഉണ്ടെങ്കിൽ ഇങ്ങനെ വീഴുന്നുണ്ടാവും ഭക്ഷണത്തിലേക്ക് എന്നെ ഒരു അടക്കലാണ് നെറ്റ് ഫുണ്ടം നോക്കും അപ്പൊ കുറഞ്ഞ രക്ഷം കൂടും പുള്ള തുറക്കുന്നതാണ് മക്കലത്ത് കടത്ത കുതിരാരേഹിന്നല്ലേ മണിമുള്ള മീറ്റിന് നിർമ്മിക്കുന്നത് ഇവിടെ വെച്ചിട്ട് കുടിച്ചാൽ എന്തിനത്തൊട്ട് ഹവാനോട്ട് സഹാഫിയായിട്ട് കുടിച്ചാൽ അവിടെ വെച്ച് തസ്നീം കുടിക്കും തടി ഹത്തിനോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടാണ് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിമമാവാമിനോടൊപ്പം കുടിക്കും സെൻസർ കുടിക്കും സെൻസർ അവാമന്യാസിനുള്ളത് തസിനീമാണായിരിക്കും മുഖദ്രീങ്ങൾക്കുള്ളു വലാഹുഹു എന്തൽ മരിക്കൽ ജെലിനടുക്കൽ പ്രത്യേക പദവിയുമില്ല അമർത്തു അബുദിനെ പരീക്ഷിക്കപ്പെട്ടതിൽ നിന്ന് ഏറ്റവും നറുടിയ സാധനം ദീനിൽ പരീക്ഷിക്കപ്പെടുന്നത് ഏറ്റവും നറുടിയ സാധനം ഹിജാബ് ഉണ്ടാക്കുന്ന കടുപ്പമേറിയ ഹിജാബും കുറവാണ് എന്തിക്കും ഉച്ചക്ക് പോയാൽ ചോറ് കിട്ടുമെന്ന് ഇപ്പം തന്നെ ചിന്തിക്കുന്നത് എന്തൊരു ജക്കീർ ഞാൻ തുടച്ചോനെ ചോറ് കിട്ടുമോ മതിക്ക് ഹിജാ ഭാഗത്തുന്ന സാധനത്തിൽ വെച്ച് ഏറ്റവും അശത്തും പിന്നെ ദീനലേറ്റവും വരാനാക്കപ്പെടുന്ന സാധനം അതാ എന്തിനുള്ളിൽ ചെയ്യപ്പെട്ടത് ഇന്ന ഇന്ന ഭൂരി കിട്ടും ഇപ്പൊ അതിൽ മാത്രല്ല വഴപ്പിൽ ജക്കീന് ഡാമ്പി മേനിലും വയ്പിൽ ജക്കീനാണ് പിന്നെ വാത ചെയ്യപ്പെട്ട് ഏഫിൻ ചക്ക പറയണ റൈബിലെ ചോറ് ആ രാജിക്കുന്ന അടപ്പായിട്ടൊക്കെ ചോറ് കിട്ടുന്നല്ലേ ചോരഞ്ഞു നാളെ പോടുന്ന ചോറ് തെലുന്ന് വഴിയിലാക്കപ്പെട്ട കാര്യണ്ടല്ലോ അതിനെപ്പറ്റി ജസ്റ്റ് ഇത് കൈരന് വേണ്ടി വയത് എന്തിനാണ് വയത് വഴങ്ങില്ലേപ്പ തെറ്റ് ചെയ്യുമ്പോല്ലേ വഴങ്ങിയണ്ടായത് കൈര് ചെയ്യുമ്പോ വയതുണ്ടായ അപ്പൊയായ രീതിയിൽ وعيد وعيد له يكين انت دعاية صحنا ديني لاتهم لي بلاغور هذا الطاعة ديني له يكين لديه موني لانك لأي دامان يكين موني مرتبة ومدل وانا لانا يكين البعض والوحيد وعيد وعيد الي يكين هذا لم يتعيه التعنى فمن يعمل مزقال الارتين خيرا يرى فمن يعمل مزقال الارتين شخفا يرى വാഗുവായി വഹിക്കുകയല്ലോ മറ്റന്നെന്താ അള്ളാഹു മഹാനഹുലാന്റെ ജലാലത്തിന്റെ അവന്റെ എന്താ പറയാ അള്ളാഹു നബുദിനെ അവന്റെ അടിമകൾക്ക് വല്ലതും തോന്നൊടുക്കുന്നു എന്ന് പറയാനാവില്ലേ അപ്പോൾ നിന്നോ പാല വെച്ചി നിന്നോടണഞ്ഞ നിന്നോനെ ഉണ്ടായിതാന്നോ വൻ ഉണ്ടായിതാന്നോ എൻടെ രക്ഷോടം കുറഞ്ഞു പോയിന്ന് പറഞ്ഞിര ഇത് മൈനീയല്ല മാ യക്തഹില്ലാഹി നസ്നിർ റഹ്മതിൻ ഫലാ ംംസിക്ക ലഹാ വമാ ംംസിക്ക ഫലാ മുർസില ലഹു അലൈഹി യഖീനുൽ തൗഹീദ് യഖീനുൽ വഈദു വൽ വഈദ് ബദ് യഖീനുൽ മഅിയത്ത് ബഹു മാക്കും ഐനമ കുൻതും യാന മഅ യർജു ഫിൽ അർദി വമാ യഖ്റജു മിൻന വമാ യൻസില മിനസ് സമാഇ വമാ യർജു ഫിഹാ വഹുവ മാക്കും ഐനമ കുൻതും ആകാശത്ത് നിന്ന് ഇങ്ങനെ കയറി പോകുന്നുണ്ടെങ്കിലോ അന്ന് അന്ന് നീക്കി താഴെ വരുന്നുണ്ടെങ്കിലോ ഭൂമിയിൽ കാണ്ടുപോകുന്നുണ്ടെങ്കിലോ എന്നുണ്ടെങ്കിലും അന്നാ അറിയാണ്ട് ഒന്നുകൂടെ നടക്കൂല അഭിമന്റെ മനസ്സിൽ ഹാത്തിരവരെ അല്ല പറഞ്ഞു അത് വരുന്ന മയസ്സാണ് ഈ മോന്നി യക്കേനില്ലാത്ത ആദ്യത്തെ പടയാന്ന് ഏത് വേദം വരുന്നത് ഒക്കെയാണ് ഇപ്പൊ ഇന്നതിന് ഇന്നത് ഇന്ന മാത്തുണ്ട് ഇന്നതിന് ഇന്ന ദൂഷ്യുണ്ട് അതിലൊരിക്ക യക്കീനല്ലെങ്കിൽ പിന്നെ കാലം ചെയ്യാനോ ചെയ്യാതിരിക്കോ അങ് ഇന്നതിന് ഇന്ന കോട്ടമുണ്ട് എന്ന് പറഞ്ഞത് ആ ഇതും ഈ സാൻ ആ മുരാതത്തിന്റെ യക്കീനുണ്ടല്ലോ അതില്ലഞ്ഞാല് ഇതാണ് അൽ ഹസദ് യോകീൽ ഹസനാസ് ഹസദ് അല്ല ഹസനാദിനെ തിന്ന് കളയൂന്ന് നബീസ് അല്ലാഹ് അലിസുൻ പറയും തിന്ന് കളയില്ലെന്നാണ് ഈ വല്യ വിശ്വാസത്തിൽ ഹസത് വെക്കുന്നതിന് കുഴപ്പമില്ലല്ലോ 하나 무 프로വരി노 വഖുവത്തുൽ യഖീനി അ슬ുകുൽ അ말ിൽ ത്വാലിഹിൻ എല്ലാ ത്വാലിഹ ഹംലിദീം അ슬ുറടയടക്കുന്ന ഖുവത്തുൽ യഖീന ത്വാലിഹ ഹംലന്തേ ഫൈലം പറ്റ നിർക്കും പറ്റ ഫൈലാ ഹുംബോൽ ലിമാ വാദബിൽ ഗൈബ് തർ카ന വസറത്തുൽ ഔതബഹദ അലയിഹി യരിക്കും വഖൻ അப்போ ഇത്ര നേരം വന്നന്ത നെസ്തിനോള്ള മുജാഹിബൻ പറഞ്ഞു വന്നത അങ്ങനൊന്ന് ശറൈൽ ഉണ്ടോന്നാ അ വ ശറൈക്കണ്ടേ <meleries> ും ശരിയായ അൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മുസ്ലിം രക്ഷപ്പെട്ടു വണ്ടി തൊട്ടും വേണ്ട ഇതിനെ തൊട്ടും വാന്റെ അതിക്രമത്തിനെ തൊട്ടും വാന്റെ കുറ്റം പറയുന്ന തൊട്ട് രക്ഷപ്പെട്ടത് അൽ മുസ്ലിം ഒന്ന് അപ്പൊ എന്താണെന്ന് രേ കൺട്രോൾ ആക്കണമെന്നല്ലേ അതിൽ വന്നത് ഒന്ന് والمؤمن من آمنه الناس المؤمن انوർന്നാടാ മാൻ ചിലദം ജനങ്ങൾ കോലപരി നിർമ്മയമാണ് ആലാദിമാഉം വാലിഹിം വന്തഖുല എൻ്റെ മാലുന്ന മോളും ദമ്മിൻ്റെ മോളും കേഇവിടെ തൂലാ അൻ നബിയ് മൻ ബിൻ മസീദ് ദൂലാന നിർമ്മയാണ് ഇട്ടുണ്ട് വൽ മുഹാദിറു ശരിയയ മുഹാദിറാന മൻ ഹാദറോ മാനഹ അല്ലാഹു അൻ അല്ലാഹു തഅല വിചോദിച്ച അക്ക ഒരു വാക്കടാ ശരിയയ മുഹാദിറു നാഗത്ത് പോക്ക് മറ്റു ഹിജ്റയേ അതാണ് നമ്മളെ ഭാവിന്റെ പിടുത്തം മറ്റേക്ക് അത് പ്രത്യക്ഷമാക്കില്ലെങ്കിലും ഉണ്ട് ശരിയായ മുജാഹിദ് മുജാഹിദ് അവരുടെ ജിഹാദ് പോണോന്ന് തോന്നുന്നു വക്കാലായു തന്നെ പറഞ്ഞ വലിയ ധീരനുണ്ടല്ലോ അവനല്ല ബിസ്റഹത്തി യുദ്ധക്കളത്തിൽ വെച്ച് മറ്റുള്ളവരെ തള്ളിയിരുന്നില്ലേ കുടിയും കരാട്ടെ കുറിച്ചിട്ടല്ല മറിച്ചിടുന്നേ അതും നല്ല സതീതു ശരിയായ സതീതായ ഇന്ന മസ്തീതു അല്ലത് ഈ എം ലിക്ക് നഫ്സഫുന്റെ റബ്ബ് റബബ് ഉണ്ടാകുന്ന അവസരത്തിൽ നെഫ്റ്റിനെ കൺട്രോളാക്കാൻ കഴിയുന്നവനുണ്ടോ അവനാണ് അത് ശരിയായ സതീതായ ധീരനായ മനുഷ്യനും അവനാണ് അപ്പൊ ചുരുക്കത്തിൽ ഷഹബാത്തും റബിനെ നിയന്ത്രിച്ചല്ല എന്ന് പറഞ്ഞ നെഫ്റ്റിന് രണ്ട് സാധനമാണ് നെഫ്റ്റ് എന്ന് പറഞ്ഞ ഇഞ്ചിനാണെന്ന് വിചാരിച്ചോ എഞ്ചിനാണ് നമ്മൾ ഡീസലും വെള്ളം ഒഴിച്ചിട്ട് എഞ്ചിന് സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ഒരു മോട്ടീവ് ഫോഴ്സ് വരും നിങ്ങളെ വണ്ടിയിൽ നിന്നോ ഇപ്പൊ എന്താക്കണേ ആക്സിലേറ്റർ ക്ലച്ച് ബ്രേക്ക് ഗിയർ അതിന്റെ ഹോർണ് അതിന്റെ എല്ലാ സ്റ്റാറിങ് എല്ലാ ആരെ കൈമിലൊതുക്കി ഡ്രൈവറെ കൈമലൊതുക്കി ഏത് സാധന പിടിച്ചൊതുക്കിയത് ഒരു വണ്ടിന്റെ സ്റ്റാറിങ് ആക്സിലേറ്റർ ക്ലച്ച് േക്ക് ഗിയർ ഹോണ് ഇൻഡിക്കേറ്ററ് ഏത് സാധനം ഉണ്ടാക്കിയ ഡ്രൈവറെ കൈവിടെ ഒരുക്കിയിട്ട് ഈ ഫോൺസ് കൊണ്ട് ഈ ഈ വരച്ച ഫലമൊന്നും നീങ്ങാൻ പാടില്ല ഏടെ പോകേണ്ട അട നിന്നോളണം ഏടെ സ്പീഡ് കൊണ്ട് അവിടെ മാത്രം സ്പീഡ് കൂടിക്കോളണം ഏടെ കൊടുക്കേണ്ട അടക്കുറഞ്ഞോളണം ഈ രീതി കൺട്രോളാക്ക ശരിക്കും ഡ്രൈവിംഗ് ആണ് ഏത് ജസ്റ്റിനെ എന്തിക്കുന്നതാണ് സാധനം ജസ്റ്റിനുള്ളിൽ ഉണ്ടാക്കി കുറെ പാലും ബഞ്ചാരിയും തേനും എന്തെല്ലാം നീതി കൊടുത്ത് വിധിയിലും അടിച്ചു കൊടുത്താൽ രണ്ട് പൊളിച്ച വരിക ഇൻജിന് ഒറ്റ പോഴ്സേ വരുന്നുള്ളൂ ഇവിടെ രണ്ട് പോഴ്സ ഒന്ന് സഹപാത്ത് ഒന്ന് കളബ് സഹപാത്തിനെന്താണുള്ളത് നേടാൻ പഠിച്ചു ഇനി ആ സഹപാത്ത് വരുന്നു മറ്റുള്ള ഇതൊക്കെ തടുക്കാനാണ് ഏത് ഹളബ് വരുന്നു എതിർക്കാം അപ്പൊ മത്തി കയറുമ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും സഹവാതുണ്ടാവും ഹളബുണ്ടാവും സഹപാത്തരാണ് എനിക്ക് സീറ്റ് നേരത്തെ കിട്ടണോ കളമ്പത്തിനാണ് വേറൊരാൾ കേറാതിരിക്കാനോ ഒന്നും ഉണ്ടായിരുന്നു വളരെ തള്ളിയിട്ടെന്താണോ ബാസ്റ്റമ്മ തള്ളിയിട്ടുണ്ടോ എന്ന് അപ്പൊ ഷഹബാബിനെന്താ ഉണ്ടാവണി ബലിക്കുന്ന സാധനങ്ങളാണ് ഇങ്ങോട്ടെങ്കിൽ ബലിക്കുന്ന നിറക്ക് മതിയാന്നെ റളവീലോ തള്ളിക്കറയിലാണ് വേറൊന്നിന്റെ പ്രതിരോധിക്കല ഉണ്ടാവണി ഈ രണ്ട് ചട്ടതി ഇങ്ങോട്ട് വരുമ്പോ ഇതിന്റെ എല്ലാം നേരത്തെ പറഞ്ഞാ എന്തൊക്കെ സ്റ്റാരിംഗ് ആക്സലേറ്ററും ക്ലച്ചും ബ്രേക്കും ഗീറും ഏ അതിന്റെ ലൈറ്റും ഇൻഡിക്കേറ്ററും കൊടുക്കട്ടെ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോന്ന് على هو نضرب انا نضربت كنترول هاكي دراي بيدورا تمريجي في معناه قيل عليه الشجاع الذي يحمي قدته يوم يها من نار الحرب تستعين لكن وان لكن من والله تعرفن او تنا قدمه اهل المحاب اذا كالفارس البقدو ലൈത സുജാഉ ദീനനായ മനുഷ്യനല്ല അള്ളാഹിയൊരു തൻ യഹ്മീ ഫരീസതഹു വന കുദിയം വന താകാന റസൂലുണ്ടല്ലോ അതിനെല്ലാം കാക്കുന്നവരല്ല ദീനൻ ഏതോ യൗമസ് ദിഹാമി കടുപ്പപട യുദ്ധത്തിൻ്റെ അവസരത്തിലേ വനാറുൽ ഹർബി യുദ്ധത്തിൻ്റെ നാറു തകൈരുന്ന നേരം കട്ടിയിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിലേ കാകണ്ട വസ്ന കാത്തു കുദിയം സംരക്ഷിക്കുന്നവനല്ല സുജായി ശരിയാ സുജായിയാരാ ലാകിന്ന എങ്കിലും മൻ അല്ലാഹു തറഫൻ നോക്കാൻ പാടില്ലാത്ത രംഗത്തേക്ക് ഇപ്പൊ കണ്ണ് ചിമ്മാനിക്കാൻ കഴിഞ്ഞു ഓനാ തീരൻ ഓന്റെ കൺപോള നിയന്ത്രിക്കാൻ കഴിയാത്തവക്കെന്ത്രിക്കുന്നു പറയാൻ പോകുന്നു ശരീരത്തിൽ വളരെ സാധനമാണ് ഈ കൺപോള ആരാക്കപ്പെട്ടൊന്ന് നോക്കുമ്പോ ഈ കൺപോള നിയന്ത്രിക്കാൻ കഴിയാത്തവൻ പിന്നെന്ത്രിക്കുന്ന പറയുന്നതിന് പക്ഷെ സുജാത കുറച്ചേ പോണോ പക്ഷെ വലിയ സുജാതാണ് വേണ്ടുന്നത് ശക്തി കുറച്ചേ പോലെ വലിയ സുചാതാ വേണ്ടി ആ സനാ കഥാമൻ അതൊരു കാല് ചുരുത്തി വെച്ചറിഞ്ഞ് കാല് നിർത്തുന്നില്ല എടുത്തേക്കാൻഡിൽ ഹറാമാക്കപ്പെട്ടൊന്നില്ലേ കാലും കയ്യുണ്ടാക്കി അവിടെ ചുരുക്കി ഒതുക്കി വെക്കാൻ കഴിയോ ഓണാ ശരിയായ ശുചിയായി അപ്പൊ കൺപോള കണ്ടിരിക്കാൻ കഴിയാത്തോലും മറ്റുള്ള ആടെ ഭരിക്കാൻ കഴിഞ്ഞാതി ഏറെ കര കിട്ടുക ഒരു നാട് ഭരിക്കൽ എന്ന് പറഞ്ഞാല് വലിയൊരു ഏക്കർക്കിന് ഭൂമി ഉണ്ടാവും ഇവിടെ നിങ്ങൾ അഞ്ചടി നീട്ടവും രണ്ടര അടി വീതിയുമുള്ള ആകെള്ളത്രത്തിന് ഉണ്ടാവും ഒരു ഒരു സെന്റിന്റെ നൂറല്ലാം അംശം കൂട്ട ഈ ഭൂമിയിൽ ഭരിക്കാൻ കഴിയാത്ത ആള് ഇതിന്റെ കൺപോളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആള് ലോകൊട്ടാക്ക ഭരിക്കാൻ കഴിയുന്നു എന്നെ നേതാവാക്കണം പരണ്ട് ഭരണാധികനാക്കണം എന് പോലെ തെറഫീനല്ലോക്ക ഇങ്ങനെ തെറഫിനെയും കഥങ്ങിനെയും നിയന്ത്രിക്കാൻ കഴിയണോ ഫാരിൽ അവനാണ് ശരിയായ കുതിരക്കാൻ ശരിയായ തീരെ ഓനം ഇനി വകുൽ ഖബരി ഹദീസുണ്ട് ജിഹത്തുൽ മിൻൽ ജിഹാദിൽ അസ്ഗാർ ചെറിയ ജിഹാദിൽ നിന്നാണ് നിങ്ങൾ മടങ്ങി വന്നത് ഓണടത്തെ കാരൽ ജിഹാദിൽ അക്ബറിലേക്ക് പോകണം ഏതാ ജിഹാദുൽ അക്ബാർ يعني ജിഹാദുൻ നഫ്സ ഔദശികുന്നദ ഖാരി സൈഖ അബુલ അബ്ബാസ്ൽ മുർസി റളിയല്ലാഹു അൻഹു ഫീ ശൈനി നഫ്സി നഫ്സിൻ ദേ ശൈനി പറയുന്നു ഇന്നതി ലം തഖ്ബീറു അലൈഹാ ഖബഅഹാ തള്ളാഹു ബിഹാ ഖുർആന വായതുൻ നിങ്ങൾക്ക് അള്ളാഹുത്താൻ ശത്രുക്കൾക്കെതിരെ വിജയം നൽകൂന്ന് പറഞ്ഞു ആ പറഞ്ഞു അല്ലത്തിൽ എം തക്തിരുവാത്ത അള്ളാഹു നിങ്ങക്ക് സാധ്യമാവാത്തതും അള്ളാഹുത്താൻ തുമായ മറ്റൊരു ശത്രു കൂടിയുണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനാ ശത്രു ആയിരത്തി പതിനേഴ് അത് നഫ്സിന്റെ സൈനിനെ പറ്റിയാണോ പറഞ്ഞത് അബുല്ല അല്ലത്തിൽ എം തക്തിരുവാന നിങ്ങക്ക് സാധ്യമാവാത്തൊരു ശത്രു ഉണ്ട് വലിയ ശത്രുനൊക്കെ നീക്കിയെടുക്കി നിങ്ങക്ക് സാധ്യമാവാത്തൊന്നുണ്ട് നിങ്ങളെ വൃത്തിപ്പെടാത്തത് അത് വമ്പിച്ചു വിധിൽ ഹിക്കമിലുണ്ട് ലൌകുന്തൽ പറഞ്ഞതാ സിക്കൻ തീമാ ലൗകുന്ത നീ ആയിരുന്നുവെങ്കിൽ ലാ തസലുലി അള്ളാഹുവിനെക്കുള്ള കുസൂലാവൂയില്ല ാത്തവനാണ് ഇല്ല മതാ നിന്റെ കുറ്റവും കുറവെല്ലാം വായിച്ചതിന് ശേഷമല്ലാതെ ഒസൂലാവൂലെന്ന് വെച്ചാൽ ഒരിക്കലും ആവൂല നോക്കൂ നിന്റെ കുറ്റവും കുറവെല്ലാം തീർത്തിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് ഇങ്ങ് എന്നിട്ട് ഉസൂലാകാം എന്ന് വെച്ചാണെങ്കിൽ അങ്ങനത്തെ ഒരുസൂലുണ്ടാവൂല മ ദഹാ വീക്ക നിന്റെ ദാകളും ഞാൻ എന്നുള്ള വാദം ഉണ്ടല്ലോ രണ്ട് വാദമാണ് ഈ ദഹാവിക ഒഴിച്ചതിന് ശേഷമല്ലാതെ നിന്റെ മതാമിയെല്ലാം ദൂരീകരിച്ചതിന് ശേഷമല്ലാതെ മുസൂലാവുകയില്ല എന്ന നിലപാടാണെങ്കിൽ ഒരിക്കലും മുസൂലെത്തുന്ന സാധനേ ഉണ്ടാവൂല പിന്നെന്താല് കൊറച്ചുകൂടി ഒപ്പിക്കല് ഒരു ജിഹാദെല്ലാം ചെയ്ത ബാഹോലിയം അത്ര മതി കേട്ടുന്ന അപ്പൊ ആ കുറച്ച് ചെയ്യാനുള്ള പരിപാടി നീ നോക്കണം പച്ച തീർത്താവൂല വലാക്കിൽ പിന്നെന്തണ്ട് ഇതാ അറത്ത അഞ്ഞൂസില ഇത് അറത്താണുള്ളത് അറാദ അറത്തന്തിനാറാധ അല്ലോ സുബാന വെച്ചാൽ ആ ന്യൂസിലൊക്കെ ഇരങ്ങി അവനെ കൊള്ള നിഞ്ഞൊന്ന് വസുരാക്കണമെന്ന് വേണ്ടുക വച്ചാൽ നിന്റെ വസ്തുവി അല്ലോ തല മൂടിക്കളിയും അങ്ങോട്ട് മൂടിക്കളിയും എന്ന് വെച്ചാലോ എന്താന്ന് വെച്ചാൽ മുന്നറിഞ്ഞിട്ട് വന്നിട്ട് നിന്റെ വസ്തുനുണ്ടാക്കും അവരുടെ ചേച്ചിച്ച് വാങ്ങിച്ചോളങ്ങി അപ്പൊ നിന്റെ വസ്തുപ്പാണ് ഏത് ദുൽമ് ആ ദുൽമിന് അട്ടു എന്ന് അള്ളാന്റെ വസ്തു ദുൽമെന്നുള്ളത് മനുഷ്യന്റെ വസ്തു ആകുമ്പോൾ അതിന്റെ മുക്കാബലെ അള്ളാന്റെ വസ്തുപ്പം എന്താന്ന് അട്ടുബ് അപ്പൊ അല്ല അവന്റെ അഹുവാകുന്ന നിന്റെ ഗുൽമിനെ കണ്ട് മൂടിക്കളയിലാണ് അപ്പൊ അത്ര പ്രത് ദുർബാർത്തന കളിയും പോലെ തുണങ്ങിപ്പായ എങ്ങിയേറ്റിത് വെളിപ്പിച്ചിട്ട് കയറ്റാന്ന് വെച്ചാൽ ആവില്ല എന്താ പണി തുണുങ്ങിപ്പായത്തിന് നല്ല ദുർവാസനയുണ്ട് കൊച്ചും അത്തര വാരി കിട്ട തേച്ചിട്ട് പൂശിട്ട് ഇട്ടിട്ട് വയ്ക്കോ നോക്കുന്നു ഞാൻ പറഞ്ഞള്ള രണ്ടുണ്ട് അവിടെ തൽക്കാലം നൂപ്പറ് പത്താം നേരം ഉണ്ടോ മഹാന് വച്ചിട്ടില്ല ഇവിടെ മുടല ഉദ്ദേശിക്കുന്നു ഇത് അതിഥേക്കാടെ കിടക്കും നിനക്ക് വസ്തു അറിയാൻ പറ്റുന്ന അള്ളാഹത്ത് എന്തൊക്കെ മൂടും ബിനാത്തി അള്ളാഹുന്റെ നേടിയിട്ട് അപ്പൊ ആ വാസാലാക്ക അള്ളാഹ് നിന്നെ വസൂലാക്കി എന്തുണ്ട് ബിമാ മിന്നു ഇലയിക്ക അവന്റെ വക്കലിൽ നിന്ന് നിന്നിലേക്ക് വരുന്ന നേമത്ത് മുഖേന എന്താക്കി അങ്ങോട്ട് കേറ്റി ബിമാ മിന്നു ഇരയിക്കാന്നു അവന്റെ വക്കലിൽ നിന്ന് നിന്നിലേക്ക് വന്നു ചേരുന്ന മിന്നത്ത് എന്താണോ അത് മുഖേന കയറ്റി അപ്പൊ ഓന്റെ ഓന്റെ പൊതുജണ്ട് കയറ്റി എന്താണ് ലാബിമാലെ നിന്റെ വക്കൽ നിന്ന് അങ്ങോട്ട് യോഗ്യത നോക്കിയിട്ടല്ല അങ്ങനെയാണെങ്കിൽ ഇന്ന് അന്ന് ഇന്നും കേട്ടാൻ കഴിയില്ല അഹമ്മത്ത് മാത്രം ഉണ്ടാ വന്നത് അപ്പൊ ഇതുവരെ പറഞ്ഞിട്ട് എന്താ വന്നത് നെഫ്സ്റ്റിന തറക്കങ്ങളൊക്കെ ദൂരീകരിക്കണം അതിൽ നിന്ന് കൺട്രോളാക്കണം ഈ എതിർ ഹൈക്കത്തിന്റെ അത് നൂറാൻ പുറത്തു കൊടുക്കണം എന്നാ ഈ വിഷയത്തിൽ ജനങ്ങൾ രണ്ട് തിരക്കാറുണ്ടെന്നാണ് ഒന്ന് കുഴിച്ചുപോയറുന്ന കൂട്ടർ ഇവിടെ വെള്ളം പോകണം അതെന്താ വേണേ താങ്ങി കെട്ടിച്ച് പൈപ്പും വെള്ളം ഇവിടെ ഓടിക്കുന്ന കൂട്ടറുമുണ്ട് ഒരു കിടന്ന് പുതിയ കുഴിക്കുന്ന കൂട്ടറുമുണ്ട് രണ്ടും പൈപ്പും വെള്ളം നടത്തിയിട്ട് വെള്ളത്തിനകം പെട്ടെന്ന് അത് ഓഫാക്കിയാ തീർന്നു കുഴിച്ചുപോയാലോ ശാശ്വതമായ വെള്ളം കിട്ടൂന്നാ പറയുന്നു രണ്ടിനാണ് അതെന്നോടിയും പറയൂ വാട പോയില്ല പറഞ്ഞേതിനാ ഈ തടസ്സങ്ങളിപ്പം ദൂരീകരിച്ചിട്ട് പുതിയ ഉലവങ്ങൾക്ക് ഉണ്ടാക്കിയല്ലോ വേണ്ടത് ആ വിഷയത്തിൽ ജനങ്ങൾ രണ്ട് തരക്കാറ് ഒന്ന് പുതിയ പെയിന്റ് അടിച്ചിട്ട് ശോഭ അതല്ല അത് വേണ്ട സോളീസ് അടിച്ചിട്ടുണ്ടാക്കാൻ ഇങ്ങനെ തുടച്ച് പിടിച്ചി നീനുള്ളിൽ തന്നെ ഉണ്ടാക്കുന്ന പരിപാടി ഇല്ല രണ്ടിനില്ലേ അതാകീയത്തിന്റെ വിഷയത്തില് കൗമു അലാൻ രണ്ട് വാർത്തിക്കാറുണ്ട് അവരുടെ അതിൽ ആ വിഷയത്തിൽ അലാ രണ്ടിനായിട്ട് മാറും عن اللقائي دي وحسن النيه ಅದل قط اوری فرقت تریقتم اور تریقتم امنیتن اللقائی دی نل اکید تنویل رکಪಟ್ಟडान हुسن نیت تنویل رکಪಟ್ಟ قالو انت ابرو പറയുന്നത് ఫైన నఫ్తక నిర్ఆతి నఫ్సన్నొలది కన్నడి మోనియాండి ఎంద బిఉల్ మాబీ బిహల్ ఆతి ఎంద బిఉల్ మాబీ కణిపోయిది ఇగ్న అది పడిచోడు ఫిడే లోకి ఉండల్లో വൽ ആ വരാൻ പോകുന്നതും ബിഹാ അതിനുണ്ടാക്കും പിടിച്ചുവെക്കുന്ന ഒരു കാത്തറ്റിന്റെ മോഡലാണ് കല്ലിന്റെ ഹാലും ഈ കാത്തറ്റാണല്ലേ അവർ പിടിച്ചിട്ട് ഫീഡ് ചെയ്തു വെക്കുന്നില്ലേ ഇപ്പൊ ഇന്നും ആര് നഫ്റ്റിന്റെ ഹാലെന്താ കണ്ണാടിക്ക് വരില്ല കഴിഞ്ഞു പോയാലും വരാൻ പോകുന്നില്ലെങ്കിൽ അവർ ഫീഡ് ചെയ്ത് വെക്കുന്ന പിടിച്ചു സ്വഭാവമുണ്ട് അന്നാപിന് അതെ പിടിച്ചു വെക്കുന്നതും ഇന്ന മായ ഊ കു അഷിയ ഊ ആ നഫ്ത ആകുന്ന നിർഹാസിനെ തടയുന്നത് ചില കാര്യങ്ങളാണ് എന്തെല്ലാണ് തറക്കുൽ ഒരു കണ്ണാടി പോലെ വമ്പിച്ചപ്പോൾ ഇതിന് ഈ ഫോട്ടോ പതിയാത്തെന്തുകൊണ്ടാ ഒന്നെങ്കിൽ ഈ കണ്ണാടിക്ക് കറയുണ്ട് അല്ലെങ്കിൽ വെക്കേണ്ട സാധനം നേരെ വെച്ചിട്ടില്ല രണ്ടാകും വിശ തെച്ചിപ്പോയി ഇതൊരു കണ്ണാടി ഈ കണ്ണാടിന്റെ അകത്തൊരു സാധനം പതിയണമെങ്കിൽ രണ്ടു കാര്യം പോകണം കറയില്ലാതിരിക്കണം അഭിമുഖമായി വേണം ഇന്നല്ലേ ഇതേമാതിരി നെഫ്സിന്റെ ഉള്ളിൽ ഹക്കീക്കത്ത് പിടിക്കണമെങ്കിൽ നെഫ്റ്റിന്റെ കറ ഇല്ലാതിരിക്കുകയും പോണം തവജുഹു എന്ന് പറഞ്ഞ സൈര് ആകുന്ന തവജുഹു കൽബുണ്ടായും പോണോന്ന പറയുന്നു രണ്ടാൽ ഒന്ന് പോയാൽ തെളിഞ്ഞ കണ്ണാടിയാ പക്ഷെ തിരിച്ചുവിട്ടത് അങ്ങോട്ടേക്കാണ് ഇതിൽ പതില കണ്ണാടി നല്ലതന്നെ പക്ഷെ നിറച്ചും കറയാന്ന് കുടിക്കൂല അങ്ങനെ പറഞ്ഞു വൈന്നമായ ഉറപ്പ് ഹിയാവൂ കർക്കുൽ മഹാദാഥ് മറ്റൊന്നോ സദാ കറ കാലു കുറവാണ് മറ്റൊരുദാഹരണം വലുതാ ഒരു അയിനി ഉറവിടം ഉറവിടം തോന്നും വെള്ളം വെച്ചിപ്പോകാറുണ്ട് വെള്ളം വെച്ചിപ്പോയാ വൈന്നമായ യു ഹിജുഹ ആ വെള്ളത്തിന്റെ ഉറവിനെ തിരിച്ചു കൊണ്ടുവരും അല്ല ഹീർ ഒന്ന് ആഴത്തി കുഴിച്ചാൽ മതി ആഴത്തി കുഴിച്ചാലക്കാ വെള്ളം ചോർത്തിയെടുക്കാലോ കണലെ വെള്ളം വെറ്റി എന്തെയ്യോ കുറച്ചുകൂടെ കുഴിക്കാപ്പാന്ന് പറയും നല്ല കണ്ണൽ കൊണ്ടുപോയി വെള്ളം നീതി വെള്ളത്തിന് നിലനിൽപ്പില്ലല്ലോ ഈ രണ്ട് ഉദാഹരണമാണ് അവർക്ക് പറയാനുള്ളത് തീർത്തു അള്ളാഹുവിനെ അള്ളഹാനൊക്കെ അടിയൊണ്ട് പോക്കല്ലേ ഇന്ന് മനസ്സിലാക്കിയതാ എന്താ ഏറ്റവും പറഞ്ഞതിന് കൽബിന്റെ ഐജാതംഗ ധീരം എന്നിട്ട് അള്ളാഹുവിനെ പറ്റിയുള്ള പ്രത്യേകമായ ഹാസായമാക്കൽ എന്നതാണ് അതല്ല അഫിർക്കത്തെ രണ്ട് പാർട്ടിയുണ്ട് ഇത് അൽ ഫിർക്കൂല ഒന്നാമത്തെ പാർട്ടി നദറു അവർ പറയുന്നു ഇത് റൂഹന്റെ അച്ചിലേക്കാണ് അവർ നോക്കുന്നത് ഒമാകാലത്താണ് ഈ ബിന പൂർവ്വകാലത്ത് അതിന് നല്ല തെളിവല്ലേ ഉണ്ടായിരുന്നതെന്ന് അവർ പോയത് എന്നിട്ട് ഇപ്പോഴുള്ള കറിയോ കടങ്ങൂരിച്ച പൂർവസ്ഥിതിയിലേക്ക് മടങ്ങുപോക്കതാ കൽ ജില്ല കൽ മിർ സക്കീല തെളഞ്ഞൊരു അണ്ണാടി പോലെ അതിൽ പതിയുന്നു അതിനോട് മുക്കാബലിയാകുന്ന എന്തും മാതിയാവട്ടെ ആത്തിയാവട്ടെ കഴിഞ്ഞു പോയട്ടെ വരാൻ പോകുന്നവട്ടെ പക്ഷേ ലാഖിൻ ഈ ബദലുമായി കൂടിച്ചേർന്നപ്പോൾ ഇന്ത സുബറുൽ അക്വാഹബുൽ അഖവാനാകുന്ന സൂറത്തുണ്ടല്ലോ ഈ ഭൗതിക ലോകത്ത് കാണപ്പെടുന്ന ഒരുപാട് സൂറത്തുകളൊക്കെ മനസ്സിനുള്ള ആണ് പറഞ്ഞു പിന്നെ നമ്മുടെ പരിചയത്തിൽ കൂടി വന്ന ഒരുപാട് മഹസൂസായ കലർപ്പുണ്ടല്ലോ അതുകൂടെ പതിഞ്ഞപ്പോൾ ഇനി മുറലേറ്റിവരാം തൊട്ടിട്ട് കണ്ണാടിയില്ല ഇപ്പോ ഇങ്ങനെ ഹിന്ദിന്റെ അടയാളം വന്ന് വന്ന് വന്നു പതിയിലില്ലേ ഇതെല്ലാം കൂടെ പതിഞ്ഞതാണ് ഇനി വിടത്താക്കിയത് അസുലിഹ അപ്പോൾ അസലിഹ സ്വഭാവത്തിന് തൊട്ട് ഹിജാബാക്കപ്പെട്ടു അപ്പോലാനി അതിന്റെ അസലിനത്തൊട്ട് തടഞ്ഞത് അമ്രാൻ രണ്ടു കാര്യം തോന്നുന്നു ഒന്ന് അഹ് മുഹാദ അതിനോട് അഭിമുഖമായി നിന്നില്ല എന്നതാണ് ഒരു കോഴം ആ കണ്ണാടി രണ്ടുമുഖം പത്തിയുണ്ടെന്നെ നേരെ നിൽക്കണ്ടേനെ തവജമായി നിൽക്കണം ഇങ്ങോട്ടും മാറിയ പതിയൂല കറയില്ലാണ്ട് വേണം താലിബാണെ ഇവിടെ മുഹാകാത്ത പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മെന്തോണം മനസ്സിന്റെ ഹിമത്വം കൊണ്ട് അത് കിട്ടണോന്ന് തപജു വെച്ച് നിക്കണം എന്ത്ണ്ടാ മഹാദാത് പോലെ വിഷ്തുഹാ ബിൽത്തോണ്ട് ചൂടായി പോയതുകൊണ്ട് ഞാനി അന്നുഹാ ലെ കൊള്ള കുറുബിനെന്ന് ഒഴിവാക്കി വലം തസ് വിജു ബിൽക്കുല്ലിയെ ബിൽക്കുല്ലായിക്കൊണ്ട് അമ്മാഹുവിനെ കൊള്ളതിന്റെ വിജുഹത്തിന് തിരിച്ചുവിട്ടതുമില്ലാതെ പോലെ തതന്നെ അതിന് കച്ചട പിടിച്ചുപോയി വഹോജിപ്പത്തന്നി ഹാഅഅ അഫലിനോട്ടത് ഹിജാവാക്കപ്പെടുകയും ചെയ്തു فلذي اشتغلت بذكر الله عن الدوام دائما ياريده دين الله نذكره عند شغلاء لنبنجل وطانية عن غيره على التمام تماما يتفناء من دائل لنبنجل لن سقرت مرآتها, مرآتها مرآتة اليوم عيرن وتدلت في حقائق كل شيء مالية وآتية ونبغن منوالة الفضيوم عيرن صالهم آتهم اللا دي الفضيوم عيرن ذكر الله شغل ياريدك برنا وفي الهديث أن القلب تصدق കൽബുകൾക്ക് കറപിടിക്കലുണ്ട് കമാൽ ഹദീ ഇരുമ്പിന് കളാപ്പുടിക്കുന്നില്ലേ തുരുമ്പ് ഇതുപോലെ വൈനൽ ഈമാനയഹുലൊക്കവും അതുപോലെ ഈമാൻ എന്താക്കേണ്ടത് ഒരുമ്പിപ്പോഴകി പഴകി ഐമാൻ ശോഭവെത്തിക്കൊണ്ടതുണ്ടല്ലെങ്കിൽ എന്താക്കും പഴകിച്ച് ദ്രവിച്ച് പോക്കണ്ട് ഇതോടെ കമാബിലൊക്കെ സൗകര്യം ചെടിയിൽ പുതിയ വസ്ത്രങ്ങൾ അങ്ങനെ വെച്ച് വെച്ച് പഴകി പഴകി പോകും ഇതുപോലെ ഈമാനായി പോക്കിണ്ട് അപ്പോൾ കറപിടിക്കലിലേക്ക് സൂചിപ്പിച്ചു وفي حديث النهار صلى كل شيء مستلع هذا سادلتنا مستلق ركال الله عيد مند ومستلط القلوب ذكر الله قلبنا سدلق ركال الله صلى الله عليه وسلم الله نذكر معترا هذا ذكر وهذا ذكر ايه پاري فتة قلبنا سدلقم الله ذكر الذي سقل القلوب قلبك لا تثقيل اكا منو نذكر لابد ان يكون ذكروا مواحدا ولت ذكر اي ركال الله ശേഖ നിർദ്ദേശിക്കാം ഇന്നെക്കാം പരക്കെ പറയാൻ പറ്റൂല അതും ചെല്ലി ഇതും ചെല്ലി അതും ചൊല്ലി ഇതും ചൊല്ലി ചെല്ലിച്ചൊല്ലി പാട്ടിക്കൂടിയാ കൂലി കിട്ടും അത് വേണ്ട കാര്യം കൂലി കിട്ടാൻ അല്ല ഇവിടെ ചെയ്യുന്നു നേരമ്പടുത്ത വിരാളോ അച്ചടിച്ചല്ല കിത്താവൻ ചൊല്ലി തീർക്കെല്ലി നിങ്ങള് വരെ ഈ സോൾ കേസിലാക്കി കിത്താവും തള്ളി വെച്ചു കൊണ്ടേരാ അതും ചൊല്ലി ഇതും ചൊല്ലി ഇങ്ങനെ പേജുകൾ മറിച്ചിലിട്ടാൽ കൂലി കിട്ടുമ്പോൾ അതിനെപ്പറ്റി ഞമ്മ എതിരല്ല നമ്മൾ ലക്ഷ്യം എന്താണ് അനേകത്താകുന്ന കളിന് ആഴത്തി കളത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരത്തല്ലേ അതിനോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരേക്കർ ഭൂമി വാങ്ങുക ഒരു പിക്കാസ് എടുത്തിട്ട് ദിവസം കിടക്കുക ഓരോ കള ഇങ്ങനെ കളച്ചാ എന്താക്കാൻ മുഴുവനും കളച്ചിട്ടുണ്ടാകും വെള്ളവെടിയും കണ്ടിട്ടുണ്ടാവില്ല അതിന് പകരം എന്താ വേണ്ടത് ഒരു വട്ടം പരക്കുക ആ വട്ടത്തിന്റെ നിന്ന് പുറത്തു പോകാതെ അതേ കേന്ദ്രത്തിൽ കളച്ചി കളച്ചി കളച്ച് കളിച്ച് കോഴിക്കോട് എന്നാലും ഒരേ കള കളിച്ച് കോഴിക്കോട് എന്നാലും കിട ഈ പരക്ക കളച്ച കളയും ഈ കണ്ണൊഴിക്കാൻ പറ്റ കളയെ ഏകദേശം പണി സമ്പാദിക്കും പക്ഷെ വെള്ളം കറി കിട്ടല്ലി എന്താ പറയാ പറയാലെ ആ ഡ്രില് ചെയ്തിട്ട് ഇറങ്ങിപ്പോയാത്തരത്തെ വെള്ളം കിട്ടുള്ളൂ പരക്ക കളച്ചാലും ഒരാഴം കളം കളിച്ചാലും കുറച്ചും കളിച്ചിട്ടില്ലേ നല്ല കന്നുകുട്ടിയാല്ലേ വെള്ളം കിട്ടുമോ ഇതാണ് പരക്ക ചൊല്ലിയാലുണ്ടായിരുന്നു ഡിക്റും വാങ്ങി ചേച്ചി വരണം ഇതെനിക്ക് നബീസ് ബാത്താണോ വേണ്ടത് എല്ലാരും ഇസ്മുൽ മുഫറദാണോ വേണ്ടത് സലാത്താണോ വേണ്ടത് അല്ല ആഴത്തിൽ തിലാവത്തൽ കുറവാനാ വേണ്ടത് ചിക്കനാ വേണ്ടത് ഒക്കെ ശേഖര തീരുമാനിക്കട്ടെ വളരെ അടി നോക്കട്ടെ ഇപ്പൊ വല്ലാണ്ട് റൈരീയത്തിൽ ഇങ്ങനെ കടന്ന് കളിക്കുന്നു ഖൈരീയത്തിലായിട്ട് കടന്ന് കടന്ന് കളിച്ചിട്ട് ഫറക്കിന്റെ മക്കാമ്പിലും വല്ലാണ്ടുണ്ട് അപ്പൊ എന്താക്കണം അതീച്ച് എന്താക്കണം നഫി ഇസ്മാരണം നഫി ഇസംബാത്ത് നഫി ഇസംബാത്ത ആക്കിട്ട് ഇസ്മാന്റെ മക്കാമിലെത്തി കഴിഞ്ഞ നഫീയങ്കൂട് ഇസ്മുൽ ജലാലത്ത് നിൽക്കണം ഇസ്മൽ മുഫ്രദിലേക്ക് മുപ്പറകായി എത്തുമ്പോ പ്രജൽ ചെയ്യാത്ത കമ്പ്ലീറ്റ് താങ്ങനം കഴിയുമെങ്കിൽ മൊത്തത്തിലും കൊടുക്കാം എല്ലാം റെഗുലേറ്റ് ചെയ്യാനാണോ വരമ്പ സ്പീഡാണ് പ്രജലിംഗ് കൊണ്ടി അപ്പൊ എന്താക്കണം ഒറ്റസിഫത്ത് വിട്ട് കൺട്രോൾ ആക്കണം അല്ലോ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പതോടെ പിടിച്ചു വെച്ചിട്ട് നേരെ റെഗുലേറ്റ് ചെയ്തിട്ട് ഇവിടെ അങ്ങനെയാകാം അല്ല ഇവനക്ക് വസീന മുഖേന എന്താക്കണം ആശക്കായി കൊണ്ടെങ്ങനെ പോട്ടെ കൊടുക്കട്ടെ മഹസൂ താത്തിൽ കൂടി കയറേണ്ടവരാണെങ്കിൽ എന്താക്കണം സ്ഥലാത്തുണ്ടോ ബന്ധപ്പെടണം നേരം ആരവ്യാത്തിൽ കയറാൻ പറ്റുമെങ്കിൽ ദിക്കു തന്നെ പിടിച്ചോട്ടെ അല്ല ജലാലും ജമാലും കമ്മാലും എല്ലാം കൂടെ മുത്തഫരായിട്ട് ഒന്നിച്ചു കിട്ടണോ എന്ന കിലാകത്തിൽ കൂടാ ഏർപ്പെട്ടോട്ടെ അതിലങ്ങാണല്ലോ വിശാർത്ത് പറഞ്ഞാറ് നിതാർ എന്നൊക്കെ വിശാദത്ത് കായിനാത്തിലേക്ക് കിടക്കുന്നു മുക്കാമിലേക്ക് കിടക്കുന്നു തെറ്റുമസ് കൊണ്ടപ്പോലേന്നു ആറ നോക്കിയെ അപ്പം മുഖം കായികത്തിലേക്ക് കൊണ്ടുവന്നു ഇവിടെ നോക്കിയിട്ട് ഇതിൽ കൂടി മുഖം കൊണ്ടുവന്നു കുറച്ചു കൂടെ ഇരങ്ങട്ട് മാറുന്ന അത്രം പോയിട്ട് കുറവാന്റെ രീതി അത് തന്നെ വാഹുദീൻ ഒരൊറ്റ കൽബു കൽബുകൊണ്ട് പല ചിന്തിക്കലും ഇല്ല ഓ ഹിം വാഹിദീൻ ഒരേ ഹമ്മില്ല അങ്ങനെ ഒരൊറ്റ ദിക്കല് ഒരൊറ്റ കൽബ് ഒരേ ഹമ്മ് ആവാത്ത കാലത്തോളം പല അതിജിതീശയം നമ്മൾ ഈ വിഷയത്തിൽ പങ്കെയ്യൂല തീരെ പോലീ കിട്ടൂലന്നല്ല പറയുന്നു നമ്മൾ ഈ ലക്ഷ്യം എന്താന്ന് കറണീക്കലാണ് അന്നേ വെച്ചു നോക്കുക നമ്മള് ഇന്ന മക്കാന്ന് കിട്ടുന്ന ആ ലക്ഷ്യം തന്നെ അടുക്കി വെച്ച് വേറെ ഒന്നുകൊണ്ട് മതിയായിക്കൂടാ ഈ എം ബി ബി എസ് പഠിക്കലാണ് ആരും തന്നെ ലക്ഷ്യം എങ്കിലും ബ്രിഡീസ് വെച്ച് മതിയാക്കാൻ പറ്റൂല മറ്റേ ഇടത്തു ഫാമിച്ചാലും പറ്റൂല ഒരു മുതലിച്ചാകാനോ ലക്ഷ്യം എന്ന് വൃത്തിയാണെങ്കിൽ ഇടക്ക് വെച്ച് മുക്കിൽ പണി കൊണ്ട് കഴിഞ്ഞാൽ മാനസ്യമായി റൂട്ടങ്ങ് മാറിയാൽ എല്ലാം തുടങ്ങും ഇതേമാതിരി ഇന്ന മക്കാൻ വെക്കുകയാണെന്റെ പണി ലക്ഷ്യം എന്ന് തന്നെ ആ ലക്ഷ്യം വെച്ചോണ്ട് എന്താ പണം ഇടക്ക് വെച്ച് എന്ത് കിട്ടിയാലും മെച്ചപ്പെടില്ല വരണം കാത്താണല്ലോ ഇവർ കൊട്ടാൻ ഉദ്ദേശം ഇപ്പൊ അതുകൊണ്ട് അവസാനിരിക്കില്ല നമ്മക്കിപ്പോ കഥാബാധം തന്നെ വളിയുന്നുണ്ട് കൊച്ചാൾ വരുന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കാര്യം കൊടുത്തിരുന്നു അപ്പൊ അതായത് ഗോപത്തിന് വന്നാൽ മൊക്കാൻ യാതൊരു പഠിത്തം തന്നെ വലിയ ബലിന്റെ ഒന്നാമത് രണ്ടാമത് അൽവത്ത് ഈനാസ് ഈ പറഞ്ഞ നിബന്ധന ഒത്തിട്ടില്ലെങ്കിൽ പല രുചിതി ആ നന നമ്മളെ തസ്തിരി കൊടുക്കില്ല ശരി ഫലം ചെയ്യൂല ഒരു കിട്ടലും ട്രൂപ്പ് അതുപോലെ അത് എന്തെങ്കിലും ഒരു അക്ഷരം പറയാൻ പോയി ണ്ടാകലെന്ന് പറഞ്ഞാൽ അർത്ഥം വല്ലാണ്ട് പ്രതീക്ഷിച്ചു പറഞ്ഞു പിന്ന അൽ അമൃതാൻ രണ്ടു കാര്യ തടീന്ന് പറഞ്ഞത് ഇപ്പൊ തപത്തില്ല എന്ന് ഇപ്പൊ പറഞ്ഞത് ആ തർക്കുൽ മഹാകാട്ടി എന്ന് പറഞ്ഞത് മറ്റെന്താ അല്ലു കറാനല്ലേ അതാ അമൃത സദാക അല്ല നെയ് എന്താ അതിൽ പതിഞ്ഞുപോയ കറകളാകുന്നു ഇവിടെന്താ കഥ വലിയ സുഹൃള്ളഖത്തെ പറഞ്ഞിട്ടുണ്ട് അക്ബാന ഈ ഭൗതികം ഭൗതിക ദൌഹത്തിന്റെ ഓരോ സുഹൃത്തുണ്ടായ പറഞ്ഞു അയാളൊന്നും മറ്റൊരു അനീമൻ പറഞ്ഞത് സഫർ ദർവത്തൻ്റെ അല്ല ഹോർദം സഫർ ദർവത്തൻ അഞ്ചുമൻ്റ് പിന്നെ വെക്കൂപ്പക്കണ്ടി വെക്കൂപ്പാരി പത്ത് അസുഖം ഉണ്ടല്ലോ ം നൽകുന്നല്ല ഹോസ് എന്ന് പറഞ്ഞാൽ ബോധവാനായിരിക്കുക ദേഹോസ് എന്ന് പറഞ്ഞു ഓരോ ശ്വാസത്തിനും ഓരോ ശ്വാസത്തിനും ബോധവാനായി ജീവിക്കുക ഞാൻ എന്തിന് വന്നു ഇപ്പം തീരെ പറയന്ത ചെയ്തു എത്ര ചെയ്യുന്നുണ്ട് എത്ര തെറ്റുണ്ട് എപ്പോഴും ജാഗ്രത ബോധം ും ബോധവാനായി ജീവിക്കുക നസർ ബർ കഥം എന്ന് പറഞ്ഞാലോ നടക്കുന്ന അവസരത്തിൽ കാല് പന്നിയ സ്ഥലത്തേക്ക് നോക്കിയാൽ മതി ആടിയും നോക്കി ഉഴിഞ്ഞി നോക്കി അപ്പുറത്തേക്കും നോക്കി ഇപ്പുറത്തേപ്പം കണ്ടാൽ മതി ബാക്കി ഇങ്ങനെ ആകുമ്പോൾ ഈ സൂറത്തല്ലോ അതിനെങ്ങാട്ടിന്ന് പോയി വരുന്നതിന് ശേഷമുള്ള പന്നി പോയി മനസ്സിനുള്ളിലുണ്ടായിരുന്നു അത് പേരിച്ചിരുന്നു അതുകൊണ്ട് കാല തപ്പുന്നുണ്ടോ നോക്കാൻ ആ കാലുകൊക്കെ സ്ഥലം നോക്കി നോക്കി നോക്കാം അതും നോക്കിയില്ലെങ്കിൽ കൊണ്ടില്ല കൊടുക്കില്ലേ നെഗർ ബർവാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരീരം നാട്ടിൽ തന്നെ ഉണ്ട് മനസ്സുണ്ടാക്കാൻ സഫർ ചെയ്യണം കമ്പി എന്താ സൈർന്ന് പറഞ്ഞാലും തന്നെ വൈകാതെ ി മാല്ലാത്ത എല്ലാത്തിലെയും ഒഴിവാക്കി അള്ളാഹുവിന് മാത്രം മുന്തൂക്കം കൽപ്പിച്ചുകൊണ്ടും അവന്റെ പൊരുത്തം കിട്ടണമെന്ന് ആഗ്രഹം വെച്ചുകൊണ്ടും റബ്ബിനെ കൊള്ളേണ്ട കവജുഹി എന്നതാണ് തൈർ എന്നുള്ള സാധനം ആ തൈറിൽ കൂടിയാണ് ഉസൂർ ഉണ്ടായത് സൈൽ എത്ര ഉസൂലേക്ക് എത്തിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ല എങ്ങനെയുള്ള സുഹൃത്ത് തന്തിൽ അതിനപ്പറച്ചപ്പെടും ഉണ്ടെന്ന് വായിച്ചേട്ടെന്തെന്നാണുള്ളത് മൃഗനെന്നാണ് ആ അങ്ങനെ അത് ഹസരുന്ന ഗിതാബിലുള്ളത് ഹീന എട്ട് പറയുന്നത് ഹീന എട്ട ആ സത്യം കൊടുക്ക ഹസ്ല ഉള്ളതിൽ ഇബ്ഭാളം ഗിതാബിന്റെ സ്ഥിതി നോക്കണം തോട്ടത്തിലും സ്പർശിക്കുന്നതിനും അതും അതെല്ലാം ആ അവസരത്തിൽ അതെങ്ങനെ ാദാലും താലൂക്കുണ്ട് ഇസ്റ്റിനാഥാലുണ്ട് എത്തി മഹാമാരുണ്ട് പടനിടക്കും താലൂക്കാത താലൂക്കിന്റെ മൂന്ന് ഇനങ്ങളാ പറഞ്ഞത് കണ്ട് ഈ അക്വാദമായിട്ടെന്താക്കും ഏറ്റിക്കാതെ എന്ന് പറഞ്ഞാൽ ഇത് ഇന്നതാണ് ഇത് ഇന്നത് ഇന്നത് ആവശ്യമാണ് എന്നുള്ള ഒരു എഴുത്തിക്കാർ കൊണ്ടും വരും ഇസ്റ്റിനാദ് എന്ന് പറഞ്ഞാൽ എന്താ അതിനാസ്പദമാക്കുന്നില്ല ഈ എത്തിക്കാർ ഒന്നുമില്ല എന്നാലും എഹസിമാമിനാ തന്നെ അതിനെ ഒരു കാര്യമായ താജിനെ കണക്കിലെടുക്കാം ഇത് കൺപിന്റെ ഓരോ താലിലുക്കിന് മൂന്നിന് ഏറ്റാദ് ഇസ്തിനാദ് ഹെറ്റിമാമ് ഏതൊക്കെ ബന്ധപ്പെട്ടാലും അതിനനുസരിച്ച് ശക്തിക്കനുസരിച്ച് ഏറ്റുക്കാതിൽ കുറെ ശക്തി കൂടും ഇസ്റ്റിനാദിൽ അത്ര ഇനങ്ങൾ കുറച്ചും കൂടി ശക്തിയുണ്ട് കുറയും എഹ് മാമിനുണ്ടാവും ഈ ഏറ്റുക്കാതിയായ താലിലുക്കോ ഇസ്റ്റിനാദിയായ താലുക്കോ ഹെറ്റിമാമോ ഏറ്റുക്കാതെ ആദ്യം സങ്കല്പിക്കുന്നുണ്ട് അതില്ലെങ്കിൽ ഇന്ന് നടക്കൂല അപ്പോ കൽബാ രീതിയിൽ താല് കാണുന്ന അവസരത്തിൽ കൽബിവിടെ പറഞ്ഞു ഹിക്കമിൽ പറഞ്ഞിട്ടുണ്ട് കൈ പയ്യു കൺപുൻപുൻ ഒരു കൽബ് എങ്ങനെയാണ് പ്രകാശിക്കൽ പ്രകാശിക്കൂല രാജ്യ എങ്ങിന്റെ കായ്നാത്തിന്റെ സൂറത്തുകൾ മുന്ത പതിഞ്ഞുകിടക്കുകയാണ് ഈ കൽബാഗെന്ന കണ്ണാടി മുമ്പിൽ പതിഞ്ഞടക്കുന്നത് ആ കൽ എങ്ങനെ പ്രകാശിക്കുന്നു എന്താ പറയുന്നു അതെ അള്ളാഹുവിനെ കൊള്ളാ കൽബ് എങ്ങനെയാണ് യാത്ര പോകുക ചങ്ങരയിൽ കുടുക്കിയിട്ടല്ലേ ഉള്ളത് ഈ കൽബിനെ പിന്നെങ്ങനെ യാത്ര പോക്ക് കാല്പുടിക്കിട്ടില്ലേ അള്ളാഹുവിന്റെ ഹവറത്താകുന്ന പള്ളി അതിന്റെ അകത്തേക്ക് കണ്ട് കടക്കാൻ എങ്ങനെ ഭൂരിവെക്കാം വറുപാലാം ജനാപത്തിൽ നിന്നോട് കുളിച്ചിട്ടില്ല എന്നാ പറഞ്ഞു പിന്നെ പള്ളി കേട്ടിട്ടില്ല രഹസ്യമായ ദെ അസുരാറുകളെ അറിയാൻ വേണ്ടി കല്വ് എങ്ങനെയാണ് ആഗ്രഹം വെക്കുക ബഹുവടം അപവാത്തി അതിന്റെ അശ്രദ്ധയിൽ നിന്ന് ദോബാ ചെയ്തിട്ടില്ലല്ലോ എന്തൊരു ഭാർത്താണപ്പോ ഹിക്കുമിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ മൂന്നെണ്ണം മൂന്നാലും സോളുള്ള മുക്കമ്പലം വിഷണവാത്തിൻ ജനാഭത്ത് പിന്നെ അപവാത്തിന്റെ ദൃശ്യങ്ങൾ നാലെണ്ണം you ഈ നാളെ തടസ്സങ്ങളാണ് പറഞ്ഞത് വൈകിലാൽ പറയുന്നു ഐബു നീ സഫാ ഉള്ളവനാകാൻ കൊതി വെക്കണ്ട എത്തരത്തിൽ വപിക്ക നിന്നിലുണ്ട് ഐബുൻ എന്തെങ്കിലും അയവ് വാക്കിണ്ടായിരിക്കേ നീ സഫായിലെത്തും എന്ന് കൊതിവെക്കേ വേണ്ട എന്തെങ്കിലും അയവുവാക്കിണ്ടെങ്കിൽ നീ സൂഫിയായി നീവൻ സഫായിൽ എത്തിയെന്നൊന്നും കൊതി വെക്കണ്ടെന്നോ വരാത്തുമരയിക്കതമ്പോൾ എന്തെങ്കിലും ഒരു ദോഷം നിന്റെ മേൽക്കാർഡാക്കപ്പെട്ട് നിത്യവേദി രക്ഷപ്പെടുമെന്നുള്ള ബോധിയും വെക്കണ്ടോ അവർ പറയുന്നു ഈ കാലുവരാന്ന് ഒന്നാമത്തെ പാലപ്പെട്ട് പറഞ്ഞില്ലേ അല്ലേ സോഫിയെ രണ്ട് തെരീക്കിന്റെ ആള് പറയുന്നു അയസി ഏതായാലും ശരിയാവൂല അല്ല അല്ല അനന്തോലി ഇമാർട്ട് പെരുമാലുണ്ട് ഇവര് രണ്ടുദാഹരണം പറഞ്ഞു ഒന്ന് കണ്ണാടിന്റെ ഉദാഹരണം പറഞ്ഞു കണ്ണാടി പതിയാത്രത്തിന് കാരണം പറഞ്ഞുകൊണ്ട് തപജ്യവും ഇല്ലായ്മ അന്ന് കറു രണ്ടാമത്തെന്താ പറഞ്ഞത് വെള്ളത്തിന്റെ ഉറവിടം പോലെയാണ് വെള്ളം വെച്ചിപ്പോഴെ കുഴിച്ച കൊണ്ടുപോട്ടുവോ ആ ഉദാന്തത്തിലേക്കല്ലേ അടക്കുന്നത് വിചാരിക്കട്ടെ നഫ്സിന്റെ ഉള്ളിൽ മറഞ്ഞ് കിടക്കുന്ന സിറുണ്ട് അങ്ങനെന്തല്ലോ മോടി വന്നുകൊണ്ടാ പുറത്തു വരാതെന്നാ പറഞ്ഞത് നക്സിന്റെ ഉള്ളിൽ മറഞ്ഞ് കിടക്കുന്ന സിറ് വെള്ളം പോലെയാകുന്നു അപ്പൊ ഉറവിടത്തിൽ എന്താ ഈ കൊറേ മണ്ണും അത് ഇതെല്ലാം ചപ്പിഞ്ഞല്ലാം മണ്ണും മൂടിക്കളഞ്ഞാ ഉറവ് മുടങ്ങി പോകുന്നുണ്ട് ഈ കൂട്ടത്തിലാ ഇതാറ അത് കൊഴിച്ചു വാതി വൃത്തിയാക്കി ശരിക്ക് ഒഴുക്കി കിടക്കാത്ത കാലത്തോടെ എന്താക്കും വെള്ളം പറ്റി പോകും വിത്തു മണ്ണു കൊണ്ട് മൂടപ്പെടാറുണ്ട് അപ്പൊ പല ആയുസ് എടുത്തിട്ട് കൊത്തിക്കളച്ചാ രണ്ടാണ്ടെ പുറപ്പെടിക്കൂല അതാണ് ഇത് ശർം മത്തിന് വെച്ച് തിരിക്ക് ഒത്തുപോണം വേണ്ട ആട പറയുന്ന അട ഇമ്പാടുത്തുണ്ട് ആട മറഞ്ഞടക്കുന്ന കാമിനം നഫൂസിൽ മറഞ്ഞെടുക്കുന്ന ദവ് എന്ന വകയിലായിരുന്നു യോജിപ്പട കമന കാമിനൻഫോസ് കഥായ കാലോ കഥ ഇതേ കോലത്തിൽ ഹൈക്കത്തി എന്ന ആ സിറു കാണിരത്തിൽ അറുവാഹിന് ശരിക്ക് പ്രകടമായിരുന്നു അപ്പോൾ ഹീനെ കാണത് ഹിസ്തിന്റെ എല്ലാ കച്ചവടത്തൊട്ടും സ്വന്തമായി ശുദ്ധമായ നിന്നൊരു കാലത്ത് അതാ മതംറാക്കിൽ അശിയാന്ന് പണ്ടുകൊണ്ടിട്ടുണ്ടല്ലോ അതുപോലെ അനിസിന്റെയും മീസാക്കി എന്ന ദിവസം ആത്മാക്കൾ മുഴുവനും അറപ്പത്തിൽ ഹക്കിനിറഞ്ഞുണ്ടല്ലേ ഒന്നെല്ലാം ആ ഹക്ക് കൊണ്ടുണ്ടാക്കി സമ്മതിച്ചു പറഞ്ഞിട്ടുണ്ട് പരമത്തസത്ത് ഈ ഊഹ ബന്ധപ്പെട്ടപ്പോൾ അതിൽ കാലബിൽ ിൽ മഹസൂസായ ഈ ശരീരവുമായി ബന്ധപ്പെട്ടപ്പോൾ തറാക്കമത്ത് അലീഹ അതിന്റെ മേൽ അട്ടിയട്ടിയായി വന്നപ്പോൾ വന്നു അല്ല അവരി അഫ്സിശീലമാക്കിയ കുറെ പതിവുകളും വന്നു ഈ ലോകവുമായി വളരെയധികം അത് അടങ്ങിച്ചേർന്നു വറക്കനത്തി അതിലേക്ക് ചായുഗം ചെയ്തപ്പോൾ ആ സീരിനെ തൊട്ട് അത് മുടപ്പെട്ടു അതുകൊണ്ട് പല യൊന്നു രുജുഹു അതിനെ പുറത്തു കൊണ്ടുവരുല്ല ഇല്ലി അതിനോട് കിടക്കലല്ലാതെ എന്തുകൊണ്ട് നടത്തണം മുതലായ കാര്യങ്ങളുടെ വിക്വാസത്തിനൂട വഞ്ചിമാ കല്പില്ല അള്ളാഹുവിനോ കൊണ്ട് കൽബ് ജമ്പിലാക്കപ്പെടുക ഇഞ്ചമാർക്കാളും പാടില്ല അള്ളാഹുമായിട്ട് കിടക്കുക പിന്നെ ലിക്റൻ ഫിക്രത്തൻത്തൻ മൂന്നി ലിക്ര മൂന്ന ഇനണ്ണി മാനസിക്കൻ എന്ന് പറയുമ്പോൾ നാവ് കൊണ്ടുള്ളത് താഴെ പഠിക്കാർക്കുള്ളതാണ് ഫിക്റ എന്ന അവസരത്തിൽ കൽബിനുള്ളതാണ് നന്ദുറത്ത് നിന്ന് ഒന്ന് ബദന് ഒന്ന് കൽബ് ഒന്ന് റോഹ് അപ്പോ ധിക്കറുള്ളതെന്ന ബദനും കൽബും ലിസാനും കൂടിയാ ദിക്കിർ ഫിക്രത്വ കൽബിനുള്ളതാണ് നന്ദുറത്വ റോഹിനുള്ളതാണ് അപ്പൊ ഈ മൂന്ന് മൂന്ന് മുക്കാൻ വേണ്ടിയൊക്കെ പോയിന്റ് ലത്ത് എന്ന് പറയുന്നത് സുഹോദി ആന ഉണ്ടാകരുത് ചിക്കറത്താന്ന് പറഞ്ഞത് സേനിങ്ങിന് അടക്കുന്നു അപ്പൊ നെമുറി സുന്ദലാലുണ്ടാകരുത് അതിലെ കരിമത്ത് പറയലാണ് ഇതിലുണ്ടായിരുന്നുണ്ടാവരുത് ലാഹിലാഹയില്ലെന്ന കരിമത്ത് നാഗ കൊണ്ട് പറഞ്ഞ എന്താക്കി നിസാൻ കൊണ്ട് പറഞ്ഞ് ശരീരം കൊണ്ട് പറഞ്ഞു ഹെസിയായ ശബ്ദം കൊണ്ട് പറയുന്നതാണ് ലിക്കറ ഈ ലാഹിലാഹിലുള്ള ആഴത്തിലേക്കെന്താണ് കല്ലിങ്ങിനെ ഓടിയിട്ടറിഞ്ഞിപ്പോകുന്ന ആ കൈ ഉണ്ടല്ലോ അതിനുള്ള ദരീലുകൾ മറ്റുള്ളതില്ലാം പണോ മറ്റുള്ള വസ്തുക്കളൊക്കെ ഇതിനകത്ത് കൊള്ളൂന്നാൽ കുപ്പൂത്താക്കണം അള്ളാഹത്താല മാത്രമേ കൊള്ളൂന്നു ഓണിക്ക് കൊള്ളാനുള്ള എല്ലാം ഉണ്ട് എന്നും വരണ്ടേ അപ്പൊ അള്ളാഹത്താലൊക്കെ ഉള്ളതെ ഇത്താക്കിയും വേണമല്ലോ അതിന് പെണ്ണെന്ന് ആ ദരീലുകൾ തയ്യാറാക്കലാണ് എന്തിനുണ്ടാകും ചിത്രത്തിലുണ്ടാകുന്നത് അള്ളാഹുവിന്റെ താഴ് നേർക്കുനേരെ ദൗത്യമായിട്ട് ശുഭതരിയാനായിട്ട് ആസ്വദിക്കലാണ് എന്തിനുണ്ടായിരുന്നു മൂന്ന് മൂന്ന് മക്കാമിലേക്ക് പോയി ഉയർന്ന മക്കാമിലേക്ക് ദോഷം വന്നാൽ ആച്മ്യങ്ങളെല്ലാത്ത എല്ലാത്തും ദോഷം വരാതെ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ അമ്പിയാകർന്നല്ലോ വല്ല നീരാഹിൻ വലം ദോഷം വന്നറിഞ്ഞാൽ ഒരു സെക്കൻഡ് സമയം ഉണ്ടാകാതെ അല്ലെങ്കിൽ ഇപ്പൊ ബിരിയാണി കായട ഇറച്ചേട മുട്ടേട എല്ലാം കൂടെ നമുക്ക് അനുഭാവം വെച്ചിട്ടുണ്ട് ഇന്നത്തെ കഴിച്ചോ അങ്ങനെ അത് ഫാർമസിൽ സിറപ്പുണ്ട് സൂചിയുണ്ട് പൊടിയുണ്ട് ഗുളിക ഉണ്ട് ഉണ്ട് പലതും പണതുമുണ്ട് ഏതാ കഴിക്കണ്ട് അത് ഫാർമസി പോയി ചോദിച്ചാ പറയാ ഓരോ എഴുത്ത് വാങ്ങിച്ചുവാട രണ്ടിക്കാരുണ്ടാവും ഓരോടെ എഴുത്ത് വാങ്ങിച്ചുവാന്നു അതിനു ചോദിച്ചാൽ വൈദ്യശാലി കയറിയ അലശം കാണാം ആസവം കാണാം ചൂർണം കാണാം വടിക കാണാം ഗുളിക കാണാം ഏ കഷായം കാണാ തൈരം കാണുക കുഴമ്പ് കാണാം പലതും എന്താ കഴിക്കുന്നുണ്ട് അത് ഡോക്ടറുടെ ഒന്നും പറയുമ്പോൾ ആ നിർത്തി നോക്കാം അപ്പം മാസം വയനെടുക്കണം വയൻ വലിയ പോയിട്ട എന്നാൽ നിങ്ങൾക്ക് പാദം കൊണ്ട ഭിത്തം കൊണ്ടാ കപം കൊണ്ടാ വാരി പോകാതെ ഉറച്ചിരിക്കണെന്ന് ചോദിച്ചത് അതിനനുസരിച്ചിട്ടാ വേദനക്കുന്ന വരുന്ന കൊടുക്കുക വയനെക്കം പല വേദന കാണും അപ്പൊ നിങ്ങൾക്ക് ഏത് ദൂഷ്യം കൊണ്ടാണോ വാരിസമ്മരം ഉണ്ടായത് അതിനനുസരിച്ചില്ല വേറെ നിർദ്ദേശിക്കൊടുത്തു കഹലിറ്റ് മാത്രം ഉണ്ടായതുകൊണ്ട് ചരണ്ടി വൃത്തിയാക്കിയെന്നല്ലാണ്ട് നമ്മള് ചണ്ടിന് വാഴയുസരി പെൻഡിച്ചിട്ടില്ല ഇപ്പൊ തുരുമ്പ് വരാൻ തുടങ്ങി തഹലയിട്ട് മാത്രം ഉണ്ടായ പ്രകൃതിയാകൂ തൽക്കാലം കച്ചക വേദിന്ന് മാറിയാ അപ്പൊ പിള്ളേർക്കെല്ലാം തഹലിത്തന്നെ ഇല്ല അതുകൊണ്ട് ില്ലാണ്ടാക്കി കഴിഞ്ഞാല് രണ്ടാമത്തെ സുഭാവം ഉണ്ടാവൂല തേങ്ങി തിരിക്കുമ്പോ അതിരിച്ചിട്ട് എന്താ ചെയ്യാം അത് ഉള്ളതിന് വേറെ ഉണ്ടാവില്ലല്ല ഈ കറുത്ത പെയിന്റിനെ ഈ പെയിന്റ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കണ്ടിരിക്കുന്നു അതിൽ ഒരുപാട് പെയിന്റിന്റെ അഭാവം ഉള്ളതിന് ഒന്നും ഇട്ടില്ല അപ്പൊ മനസ്സിലന്നും സുഖത്തന്നെ മൂന്ന് മൂന്നും മക്കാമാന്ന് അല്ലാതെ മനസ്സിലാക്കാണ്ട് വെറുതെ അവർ വെച്ചോണ്ട് കാര്യമില്ല അങ്ങനെ കടച്ചു കോരാഞ്ഞാരം ഉണ്ടായി പോകുന്നത് ആഴത്തിനൊക്കെ ആണ്ടുപോയി കളഞ്ഞു വാഹാബ അത് പോകും കസ്വീ മലീഷിക്ക് പോയാണ് തൊന്നൂറ്റി പോയിട്ടുണ്ടാവുന്നത് അപ്പൊ രണ്ടുത്തിനും പിറ്റാല് പറഞ്ഞു ിൽ ജുലേ തുറവിയല്ലേ കത്തൊന്ന് കിട്ടണോപ്പ അതിന്റെ മാർഗം എന്താണ് കാലം പുറമ് ഈ തൗപത്തിൽ തുസിയിലുള്ള ഇസ്രാ ദോഷത്തും അത് ഉറച്ചു നിൽക്കാൻ നീക്കുന്ന തരത്തിലുള്ള തൗപുണ്ടാകണോന്ന് പറഞ്ഞു അപ്പൊ അതായത് ജോലിനെഫിൽ ഞെട്ടി തലീഫ് ഏതൊരു കാര്യം പിന്നെ അവട്ടെ കുറച്ചു കെട്ട് എന്ന് മുറി ആ പരിപാടി ഉണ്ടല്ല അതിനെ മാറ്റി നിർക്കുന്ന തരത്തിലുള്ള ഹൗഫ് ഉണ്ടാകണം ഇങ്ങനെ സൈലുണ്ടാക്കാനേ ചാട്ടവാറു വേണല്ലോ മൂന്ന് റജ ഇ മസാലയ്ക്ക് അമൽ എല്ലാ സാലേ അമലി മസലക്കിലേക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള റജാവും വേണം അത് ഇതാണ് ഇത് ജന്മ ബേക്കുന്ന പിന്നെ ആവട്ടെ അപ്പം പുഷും പൊട്ടും പണ്ടേ റജാവ് പറഞ്ഞിട്ട് വിൽക്കുന്നു ഹോഫി ഒരാഴ്ച ഓടിക്കുന്നു പോകുന്നു വഴറ്റ ദോശത്തുമ്പോൾ നികന്നും പൊട്ടിട്ട് തോന്നാം എവിടെയാ പെടുക ണം നിസ് ഈന്റെ ആഴ്ച തീ പോയിരിക്കുന്നു എന്നെല്ലാം കളിച്ചിട്ടുണ്ട് ഈ മിക്കാനായി എത്തി കളിക്കുന്നു മിക്കാനായി കളി കളിക്കുന്നിട്ട് നെഫ്സിൽ ഉൾപ്പെടുക്കാൻ പാടാംഹാമിനല്ലമൽ അത്യാഗ്രഹത്തൊട്ടിട്ട് അത് ദൂരീകരിക്കലുമാണ് അപ്പൊ പട്ടിക അപ്പം വീണ്ടും ചോദിച്ച് വിമാതായ ശീലഹാദ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ടാവേണ്ടത് പക്കാൻ മുജറായ തവഹീദർ കൽബ് അങ്ങനെയുള്ള മുപ്പറതായ കൽബാണ് ആദ്യം വേണ്ടത് എന്നാണ് പിന്നെയാണ് അപ്പൊ ഇതേമാതിരിയാണ് കൽബിന്റെ ഹാലെന്നൊക്കെ പറഞ്ഞു വെച്ചു അപ്പൊ കണ്ണാടി വാറന്ന് വെച്ചു അല്ലെങ്കിൽ നീലപോലെ എന്ന് വെച്ചു